അത് അക്കമ തശ്ശരി ആ ഒരു ഡോക്ടർ മാതിരിയാണ് ലോകം നോക്കി ചികിത്സിക്കൊന്നും പറഞ്ഞിട്ട് അത് അക്കമാ ഈ ഡോക്ടർ ശരിക്ക് പ്രാഗീസ് ആക്കിയിട്ടുണ്ട് ആ തസ്രി ഓപ്പറേഷൻ ചെയ്യണം പരിശോധിക്കണ്ടല്ലോ പിള്ളാടുള്ള തിരിഞ്ഞു നോക്കരുത് അത സ്നേഹം പറഞ്ഞത് മൊപ്പാസി നാടിഞ്ഞാലും പിന്നെ ഏതെല്ലാം ജോയിന്റുകൾ ഉണ്ടൊക്കെയുണ്ട് ഏതെല്ലാം ഉണ്ട് പിടിപ്പുകളുണ്ട് എല്ലാം അയാൾ ശരിക്കും പരിശോധിച്ചത് ഓർക്കുക എന്തോ നോക്കിയാൽ ഇതിനാവില്ല എന്നിട്ട് ആയിട്ടുണ്ട് ഇൽമ് എന്തായിട്ടുണ്ട് അച്ചിൽ നോക്കിയത് അയാൾ ഇതല്ല കർഷ്ടമാക്കി ആയി വരുമ്പോഴോ മരുന്ന് നമ്മൾ ചിരിക്കലേരി എന്ന് പറഞ്ഞാൽ പോവുമ്പോ ഇരുന്ന് ട്രീറ്റ്മെന്റ് ഇരുമു തന്നെ പക്ഷെ അതിന്റെ സ്പെഷ്യൽ വിഭാഗമാണ് ചോദിക്കുമ്പോ ചോദിച്ചിട്ടോ എല്ലാം കുളിച്ചെടുത്തിട്ട് നോക്കിയിട്ടുണ്ടല്ലോ ഈ സിബിന്റെ പേരും ജീവജാലങ്ങളെ ഉള്ളൂ എന്നിട്ട് അതിനുള്ളിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയും അതുപോലെ അതിൽ രോഗം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഉള്ളിലുള്ളത് അതുകൊണ്ടാണ് പ്രസാദിന്റെയും കാരണങ്ങള് ور العديد طبائع احي حيوانات طبائع الضروريه مزاج عدل اپا وهو يشر يشر هذاك شرحا علل لكم كيف تكون تجربه ونظرنامون کیسے پریکٹس ہوں اور انتشاری انتشار ہو تصنصر گری کی پڑھے انubhav മിസാജൻ തമ്മിൽ തമ്പര് ഇവൻ ചൂടുകാരണവാൻ മാറ്റിയതാണ് മിസാജിന്റെ വാദംബിത്തം കമൽ എന്ന് പറഞ്ഞേത് പറഞ്ഞാ മിസാജിൽ പറയുന്നത് ഏഴ് പ്രകൃതി അല്ല വാദംബരം കമ്പലെല്ലാം ഇപ്പുറം പറയുന്നുണ്ട് എന്താണ് അത്ത അന്ന അതിപ്പത്തം അജമികളായ വൈദ്യന്മാർ യെക്കൂനാരാ ജോഫിൽ മയ്യത്തി മയ്യത്തിന്റെ തടി എന്താന്ന് കയറി പരിശോധിക്കും മെഡിക്കൽ കോളേജിലൊക്കെ മൈദിനോം എന്നിട്ട് അതിനെ ഇവർക്ക് ബുദ്ധിമുട്ടാക്കുന്നവർ കൊരത്തിക്കളയുന്ന രോഗം കൊണ്ടല്ലോ അതെന്തൊക്കെ ഉള്ളെന്നല്ലെങ്കിൽ പരിശോധിക്കും പക്ഷോത്തി അതിനെ കെട്ടിച്ച് കളയുന്ന പല കാര്യങ്ങളെ കൊണ്ടും അവർ അതിന് ചികിത്സിക്കാറുണ്ട് ആ രോഗം മറ്റു കഴിഞ്ഞു പോകാൻ പറ്റും അതെന്ത് ഞാൻ അറിയോ ഈ ആളിപ്പോ ക്ലൈമറ്റ് എഫി റൈലിഹി അത് മയ്യത്തെ എല്ലാത്താളിൽ അതിന് ചികിത്സ പഠിക്കാൻ പഠിച്ചു ജി സി പിന്നെ ടെപ്പും പഠിക്കാൻ ഞാൻ വരുന്ന ജി സിപ്പിനോട് കളിക്കുന്നുണ്ടോ അതായത് കൊച്ചേരെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാനാണെന്ന് ഏത് രോഗി വന്നൊരു ഓപ്പറേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നു ഇനി ഒരാളെ ഇനി രോഗി കളേജിണ്ടായിട്ടില്ല ഇനിവൽ മഫാസിന് പഠിച്ചു എന്നെ പറഞ്ഞു മഫാസിൽ അതേ നാടി ഞാനൊരു ജോലി ഓർത്തോ മറ്റേ ധരമിന്റെ അതാണ് എന്ന അണിതർ ഈ മാന്യമായ അന്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട രാജ്യമാണ് ഇവിടെ ഇത്ര ജോലി ഇത്ര കൂട്ടുണ്ട് ഇന്നലെ ഉണ്ട് ഞാൻ അടിമുണ്ട് ഇല്ലെങ്കിൽ ഓരോ അതാണ് അത് വജനില്ലറി മഫാസിൽ രണ്ട് കൈയിലും രണ്ട് കാലിലൊക്കെ ജോയിന്റുകളിൽ താങ്ങുന്ന ഓരോ രോഗങ്ങളും വേദനകളുണ്ടല്ലോ അസായ അതാണ് ഇൽമുൽ മഫാസിൽ എന്ന് പറയുന്നത് ആ മുന്നൂറ്റി അറുപത്താറ് റൂപ്പുകളാണ് ഉള്ളത് വക്സിൽ ശരീരത്തിൽ അല്ല അഗതി സ്ഥലത്തിൽ ഒരു കൊല്ലത്തിൽ രണ്ടും ഒരു കൊല്ലത്തിൽ മുന്നൂറ്റേറോത്ത ദിവസം മുന്നൂറ്ററുപത്താറ് ചോദിച്ചോലാണ് കൊല്ലം കായ് മുമ്പിൽ ഹിക്കുമത്തില്ലാത്താൽ ഓരോന്നും സന്താഷത്തുമാറാനുമൊക്കെ തന്നെ ഹിക്കുമത്ത് കൊണ്ട് നിൽക്കുകയാണ് പുതിയ കൊണ്ടുപോകുന്നത് ഈ മുന്നൂറ്ററുപത്താറിന്റെ പകുതി മുതഹിക്കുഹ് പകുതി ജനിക്കുന്നവർക്ക് എന്തെങ്കിലും ഇതിലൂടെ അങ്ങനെ സ്ഥിതി ജനിക്കരുത് അപ്പം പകുതി ജനിക്കുന്നതും പകുതി സാധ്യത ിക്കേണ്ട സാധനം എന്താക്കി അടങ്ങിക്കളയുകയോ അഹസാക്കിനോ അടങ്ങേണ്ട സാധനം ചടിക്കുകയോ ചെയ്താലുണ്ടാകുമോ എന്നു അപ്പോഴാണ് വേദന പിടികൂടുക അപ്പുണ്ടാക്കും ഇരാജിലേക്ക് ആവശ്യമാകും ഇരാജിലേക്ക് ആവശ്യമാകും ഏത് ഇല്ലാതെ ഏതാ ധരിക്കേണ്ടത് ഏതാ ധരിക്കാണ്ട് എടുക്കേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കണമെന്നോ അപ്പൊ എപ്പോഴും അപ്പോ എന്താണ് സബീബായിരിക്കണം ആരി എന്തുകൊണ്ടായി അവരെന്താണോ ചികിത്സിക്കുന്നത് അതുകൊണ്ട് അറിയണം അപ്പൊ ഇൽമുത്തി അറിയണം തമ്പി എന്ന് പറഞ്ഞാൽ ഹുബൻമു തബി ആ സിസ്ത ഏഴ് തബിയത്തിനെ പറ്റി അറിയണം ഏതല്ല ഏഴ് തബിയത്ത് വാദം പിത്തം കഫം ഇതിൽ നിന്ന് ഇപ്പോഴത്തെ ഓരോന്ന് മറ്റൊരു കൂടിച്ചെടുത്തു ും ഇവിടെ കൂടി വറുതമ്പിയും ഇതും ഇതുമുളക്കൂടിയും വർവ്വകം ചെയ്യത്ത് ഇതും ഇതുകൂടെ കൂടിയും വറുത ബിയത്ത് മൂന്ന് മുറക്കൂടി വറു കമ്പിയർ ഒന്ന് രണ്ട് മൂന്ന് ത ഇത് ഇതുമുട കൂട്ടുമ്പോ നാല് ഇത് ഇതും കൂടെ കൂട്ടി അഞ്ച് ഇത് ഇരുമുളക് കൂട്ടി ആറ് മൂന്ന് മുടക്കൂട്ടി ഏഴ് ഏഴ് ഡബ്മേക്കും അതിനാൽ ഉണ്ടാകുന്ന രോഗങ്ങളും അതിന്റെ പ്രവൃത്തിയും ഇവനിക്കും എന്തെല്ലാം കോപ്പിച്ചിട്ട് ഏതിനകത്ത് കൂട്ടുനെത്തിയിട്ടുള്ളത് എല്ലാം അറിയണം പിന്നെ നറൂറി ജാതിത്വത്തിന്റെ ആറ് നറൂറി ജാത്തുണ്ട് എന്തെല്ലാന്ന് കിന്ദനം കുടിക്കണം ദോഹിക്കണം ഉറങ്ങണം കാട്ടിക്കണം മൂത്തിരിക്കണം ആറും ശൈലിയില്ലാണ്ട് ജീവിതം നടത്തൂല്ലോ എല്ലാം എല്ലാം ആരോഗ്യ തകർന്നു പോവും സുന്ദനം കുടിക്കലും ഈ സുന്ദർ കുടിക്കുന്നതും ആവശ്യം കഴിഞ്ഞിട്ടുള്ള പുറത്തു കടയണ്ട കഷിക്കലും മുത്തിരിക്കലും പിന്നെ ഭോഗം ചെയ്യലും ഉറങ്ങി ആറ് കാര്യം ജീവിതത്തിന് ലൊങ്ങിലിക്കാണല്ലോ ഈ ആറ് കാര്യങ്ങൾ വൻ ഉമ്മൂറിൽ ജാരിഹത്തിനാ കാത്തിനാന്നുള്ളത് അവിടെ വേറെ ഇതിന് അപ്പുറം ഉള്ളത് മൂന്ന് കാര്യം വേറെ ഉണ്ട് അതെല്ലാം വിശപ്പും ദാഹവും ചകത്തും മൂന്നെണ്ണോ മനുഷ്യന്റെ പ്രകൃതിക്ക് മൂന്നു ആവശ്യം വിശപ്പ് ഇങ്ങനെ ഉണ്ട് ഷഹബാസ് എങ്ങനെയുണ്ട് അമിതമായിട്ടാണോ കുറഞ്ഞിട്ടാണോ ഉള്ളത് അതെല്ലാം മനുഷ്യന്റെ ഈ ക്രമീകരണത്തിനുള്ള അച്ഛൻ വരുമല്ലോ ആ മൂന്നെണ്ണാണ് മറ്റേ മൂന്ന് ഇതെല്ലാം അറിയാൻ ഇത് മനുഷ്യന്റെ പ്രതിയെത്തിപ്പെട്ട ആ കാര്യങ്ങളാണ് അപേക്ഷ ഏഴും ആറും പതിമൂന്നും ആ വൺ ഇൻ മതി ഹബാസിൽ ലൊഷിബി അങ്ങനെ പച്ചമരുന്നുകൾ ഉണ്ടാകുമല്ലോ പച്ച ചെടികൾ ലൊശിബ് അതിന്റെ അത് ഏതാണെന്നു ഉദാഹരണ ബ്രഹ്മി ബ്രഹ്മി എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടേ ഉള്ളൂ അതെന്താ സാധനം കാണണം കണ്ടിട്ട് അതെന്താണ് ഏതെല്ലാം അത് എത്ര ജാതി ഉണ്ട് എന്തെല്ലാം ഉണ്ട് അതിന്റെ ഏതെല്ലാം ഉപയോഗത്തിന് എടുക്കല് വേരോ തണ്ടോ പൂവ എരിയോ എടുക്കല് ചിലപ്പോ തമൂലെടുക്കും തമൂലെടുക്കുമ്പോൾ മഞ്ചും ഏതെല്ലാം തണ്ടും എടുക്കും എരിയും എടുക്കും വേരും എടുക്കും പൂവ് എടുക്കും കായും എടുക്കും ചിലതിന് വേര് കാറിച്ച് തണ്ട എടുക്കൽ ചിലതിന് വേരമുള്ള തൊലിയെടുക്കും ചില കുറന്നു വട്ടത്തിൽ വേരുമ തൊലി എടുക്കലേ ഉണർക്കില്ലല്ലോ ഉണർക്കൂല കടക്കിയെങ്ങനെ എടുക്കലുണ്ട് ഈ ഇതിന്റെ സാമ്പുണ്ടാക്കാൻ മരുന്നെടുപ്പിലാണ് അപ്പൊ ഓരോ മരുന്നിന്റെയും ഏത് പോയിന്റ്സ് ആണ് ഔഷധ വീജിയം അതെന്തിനാണ് എന്നെല്ലാം പഠിച്ചിരിക്കണം വെറും ജസ്റ്റോങ്കിയപ്പോ ഇതിനാകെങ്കിൽ ആശുപത്രി വിളിച്ച് കഴിഞ്ഞിട്ട് അത് വ്യാജ വെച്ച വന്നു അപ്പൊ തർക്കി പോലീറ്റ് പോലീ അതെന്താക്കാൻ വശപ്പ് തെറ്റ ഓരോ ഓരോ ചെടികളെ മരുന്നിന്റെ അസിനും സാധനം ഉണ്ടാക്കും അതാണ് വിഷിപ്പ് അതിൽ നിന്ന് ഇന്നത് ഇന്നത് മിക്സ് ആക്കിണ്ടാക്കണം അകറിയത് ഭക്ഷണ പാനീയങ്ങൾ ഉണ്ടാക്കലുണ്ട് ആക്രമത്യാവശ്യം പ്രത്യേകം മരുന്ന് ഉണ്ടാക്കലുള്ളൂ ചേർത്തിട്ട് ഈ കഷായ കഞ്ഞി പിടിക്കലുണ്ടേ ഇപ്പ മരുന്ന് ചേർത്ത് കഞ്ഞി കുടിക്കലുണ്ടല്ലോ ചെറുത് മരുന്നേക്ക് എന്താ കുടിക്കും ഇതൊക്കെ ഉണ്ടാക്കാനും പഠിക്കണം അതാണ് എപ്പോൾ റമിയുന്നു ഇപ്പൊ കാര്യം പറയുന്നു അഞ്ഞപൂനീൽ ഒതു മുനീതന്മാരുടെ കൽവിനെ ഉണ്ടാക്കണം കൂടിപ്പൊഴിച്ച് അറിയാമുള്ള ഇവ നല്ലോണം പൊളിച്ചു നോക്കണം അല്ല എത്ര എടുത്താൽ മതി ചേർക്കണം എന്നിട്ടോ വത്തല ആര അസുബാധി ഫസാദിഹ ഈ കൽതുകൾ പ്രസാദാകാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ട് ഈ കൽപ്പിങ്ങനെ അത് എന്തുകൊണ്ട് സലാഹാകും എന്തുകൊണ്ട് ആരോഗ്യപ്രദമാകും എന്തുകൊണ്ട് അത് രോഗ്യുള്ളതാകും ഇതെല്ലാം അറിയണം എന്നിട്ടോ ആരി പമ്പി എലാജി അമ്പാതിഹാ അതാത് രോഗങ്ങൾക്ക് വന്നാലുള്ള ചികിത്സാ മാർഗം ഏതറിയണം ിലൊന്നെ കാപ്പിപ്പിച്ചു അതെങ്ങനെ അറിയണം അനിമഹിതാ അനിമതാരി ബസീറത്തിൻ്റെയും തുളച്ചു കയറുന്ന ബസീറത്ത് മുഖേനിയെ അറിയേണ്ടത് എന്നാണ് മെഡിക്കൽ കോളേജിൽ പോലും ജീവന വർദ്ധിച്ചവരങ്ങനെയില്ല ബസീറത്തിൽ കൂടെയാണ് അറിയുന്നത് സാധാരണ ഡോക്ടർമാർ ആയിരുന്നു മെഡിക്കൽ കോളേജിൽ വർദ്ധിച്ചത് വമുക്കാശമുഖാശമുഖേനിയുമാണ് അറിയേണ്ടത് അത് ആകെ ആദ്യ നെഫ്സിന്റെ ചികിത്സിക്കണം വരട്ടോ പിന്നെ കൺപിനെ ചികിത്സിക്കണം നെഫ്സിട്ടിട്ടാണോ പിന്നെ കൺപിന്റെ അർത്ഥവാന്റെ കരകളെ തൊട്ട് ഹിസ് എന്ന് പറഞ്ഞാൽ പഞ്ചാതരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഓരോരോ കരകളുണ്ടാവും അത് ദോഷങ്ങളായിക്കേണ്ടെന്നില്ല അവിടെ നിന്നോ കണ്ടത് ഇവിടുന്ന് കേട്ടത് ഇതെല്ലാം എനിക്ക് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടാത്തലല്ല കൈ കറയണം കിട്ടും മനിക്കു തന്നില്ലേ വണ്ടാത്തല്ലോബിന്റെ കറയുന്നില്ല സൂറസിന്റെ കൈപ്പ് തല സുവറുള്ള അഖ്വാനിന്ന് പറഞ്ഞതാണ് വർദ്ധാശിക്കുക ഈ പാഞ്ഞ് ലോകത്തിന്റെ പല സുഹൃത്തുകളോട് ഇങ്ങനെ വീട് ഇതിട്ട് വെച്ചിരിക്കുകയാണ് ഇതൊരു ഇരുപൊണ്ടാ ചോര വിളിച്ചു അവിടെ നിന്നോ കണ്ടതും കൂട്ടുന്നു ഓഞ്ചിരിക്കുമ്പോൾ അക്കാസ് നിൽക്കണ്ട കൊണ്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ അപ്പം പറ ആവോ അപ്രകാരം അവന്റെ നെക്സിനെ കൊണ്ടവൻ ജയിലെത്തി അപ്പോൾ അവന്റെ കൽപം താഴെ നല്ല തെളിഞ്ഞ പളർന്ന് കണ്ണാടി വന്നി പയന്ത അപ്പോൾ അവിടെ പകുതി വെട്ടും വവാസികൾ മുറിയിലെ മൊഴി നിങ്ങളെ വാസിനല്ല യാത്ര കൊണ്ടുവന്നിരുന്നു ആൾ ഇപ്പോഴും എങ്ങനെ ഈ ബസ്സിനൊപ്പം മുഖാശുഭാഗത്തിൽ വഴി വയ്ക്കും കിട്ടാനുള്ള ആളോറ് പറയുന്ന ആദ്യ നസ്സിനെന്താക്കണം നീല് സീറ്റ് അതിനെ തപങ്ങിയൂറാക്കി കൽബിനെന്താക്കണം വിസിനസ് ഒന്ന് ശുദ്ധിയാക്കി കഴിഞ്ഞാൽ ദുരീതം മാറും വന്നു കഴിഞ്ഞാൽ പതി അങ്ങോട്ട് പറഞ്ഞോളൂ അത് വേറെ പണിയുന്നുണ്ടപ്പോൾ അവർക്ക് മഹാരാജ കൊടുക്കാം ബ്രഹ്മ എത്തഞ്ചെല്ലാം അവന്റെ കൽബിലെന്താണ് തജല്യാകുന്ന പോലെയും ഓരോ കാര്യത്തിൽ എന്ത് കൊടുക്കാനാണ് നിങ്ങളുടെ മനസ്സ് തജല്യാൽ അതനുസരിച്ച് യൂസ് ചെയ്യാം കറു ശിപാവ് വളരെ പശാവ് നയിക്കുന്ന പറഞ്ഞിട്ടുണ്ടോ ആ പശാവ് നയിപ്പാവി സംഭവിക്കാറുണ്ട് ഈ മുജർമ്മത്തിൽ മൂവാചത്തിൽ വേറെ ചികിത്സിച്ചിരിക്കുന്നു വേണ്ട അവിടെ പോയി കണ്ടിട്ട് വന്നാൽ മതി നീ മുജർമ്മത്തിൽ മുവാചത്തി അതെ ശുഭവത്തിന് അങ്ങനൊന്നുണ്ടോന്നാ മഹാനല്ല ഈ ശഹിദിന രാശീർക്കന് നമ്മുടെ അച്ഛന്മാരോക്കൻ അത് കണ്ടനുഭവിച്ചിട്ടുണ്ടെന്നാ പറയും നമ്മൾ കണ്ടല്ലോ അതിൽ കൊണ്ടെത്തി അനുഭവം കണ്ടിട്ടുണ്ടല്ലോ പലതും പഴകനും പോറാൻ നോക്കിയിട്ടുണ്ടോ അയാളെ കോമ്പൗണ്ട് കൊണ്ടുമ്പോൾ എല്ലാം മറന്ന് മനസ്സിൽ ഊരി പോയിട്ടുണ്ടാവും ഒന്നും ഉണ്ടാവില്ല അതെല്ലാം കാര്യം والذي ذلك قد قائنا قال بعضه من هذا كمنار ورغ تن تربيه فساديه صاديه كار تربيه انما من الحمه والحال فقط معنات معنات الشيء كله قلنا معناتा الشيء كله हिम्मत الشيء كله حال மட்டும் يعني ان الغالب اذا صادي طريق الغالب الذي نهوضه في प्रति الحال اكثر من نهوض الاصلاح والمقال اصلاح مقال ഇവിടെ രംഗത്ത് വെറുതെ ഇനാക്കാനുള്ളത് എന്താണ് എല്ലാം അടുക്കെട്ട സംസാരം ചുരുക്കി വേറെ ഇസ്തരാഹാർത്ഥം അതിൽ തന്നെ കണ്ട് മാറു ഹിമത്വാരായിരിക്കും വാലുവിൽ ഉള്ളൂ എന്ന അർത്ഥമുള്ളൂ മറ്റൊരു ജീനയില്ലാന്നോ ഇത് മാത്രമേ ഉള്ളൂ എന്നർത്ഥത്തിനല്ല വൈ ഇല്ല അങ്ങനെ വെക്കാത്ത പക്ഷം പത്യമീ എല്ലാം മോചൂദി സങ്കരികത്തിൽ രണ്ടും ഉണ്ടും ഹിമത് ആരും അതുമുണ്ട് ഇസ്തരാഹം വക്കാതെ അത് വേറിയുണ്ട് സ്വരഭത്ത് വേറെ എന്തെങ്കിലും ഉണ്ട് പക്ഷെ വാലിബിലും അതിലുള്ളൂ എന്ന് അർത്ഥമുള്ളൂ മതിയാക്കാണോ വൽഹം ദില്ലാ ഹാ കലാമു ഇതാൻ മുസ്സിന്റെ കലാമിന്റെ അപ്പം ഇൽമു തീയെ പറ്റി പറഞ്ഞു ബൈറ്റിൽ പറഞ്ഞു അതാണ് പറയുന്നത് അയാൾ വീണ്ടും അറിയണം അയ്യക്കൂടെ ജോയിൻസിൽ ജോയിൻസ് ഇതുകൊണ്ട് മുസന്നിഫ് ഉദ്ദേശിക്കുന്ന മായ താങ്കൾ ജവാനികൾ നാഗിറത്തി നായ രാജാംഗങ്ങളുമായി ബന്ധപ്പെട്ട മസരഹട്ടെന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെ ആവശ്യമുണ്ട് എന്തുംകോതിന്റെ നാഗനുമായി ബന്ധപ്പെട്ട ശരീരത്തിനോട് ഉണ്ടാവും അപ്പൊ എന്താണോ ജാമ്യമായ ശരിയാകുമ്പോ ശരീരത്തിന്റെ ചൂട്ടിയിരിക്കണം നേരത്തെ ബാധിന് ആവശ്യപ്പെടുന്നുള്ളൂ എത്ര ഒരുമിച്ച് കിട്ടണം വക്കത്തക്കത്തമാ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നംസംസി സ്വന്തം കാര്യത്തിന് ആവശ്യമായ ആദ്യമായ കാര്യം ഈ അറിയേണ്ടതുള്ളൂ വേറെന്തെല്ലാം പ്രതാപെടുക്കേണ്ടതും ഏ ലാനിന്റെയും വചോദികളും കോടതി നിയമങ്ങളൊന്നും വരണമെന്നില്ലെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് സുനുഖ്യാവശ്യമായേ അറിയേണ്ടു അതെ പറയതാ അത് മോട്ടത്തെ വാക്കുസേറു അല്ലെങ്കിൽ അവന്റെ സെയ്റ് ആവശ്യമായിട്ട് അവക്ക് പാകുന്ന കാര്യം ഇന്നും എല്ലാവരും അത്രയും ചെയ്താൽ മതിയല്ലോ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നും ഉലർത്തുന്ന ആ ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല എന്നോണ്ട് അങ്ങോട്ട് ഇട്ടാമല്ല അതിനാൽ മനുഷ്യന്മാർക്ക് തകലീക്കുപോക്കപ്പെട്ട നോമ്പു നിസ്കാരം മുതലായ കാര്യങ്ങൾ ശരിക്ക് തെറ്റുകൂടാണ്ട് ഇത്തുകാരാക്കാൻ ആവശ്യമായ കഥക്ക് അവിടെ കൊണ്ടുകൊള്ളു പ്രാചീന മാത്രക്കത്തമാ ഒന്നേ നൂറ്റി അറുപതാമത്തെ പേജിലണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണോക്കൊണ്ടു അതുകൊണ്ടുണ്ട് ഇനി മറ്റെന്താ പറഞ്ഞത് പദ്യത്തിൽ അയാൾക്ക് എന്താ കണ സഹീരാക്കിയാണെന്ന് അതാ പറയുന്നത് വൈസ് ഡൗർക്ക് അയർലാൻ അയ്യക്കൂല എൽമത്ത് എൽമെന്ന് വെച്ചാൽ കൂടെ ഏടെ ഉദ്ദേശിക്കുന്നത് മുതുകൂപിന്റെ തിമ്പ ഉദ്ദേശിക്കുന്നു എന്നാണ്ട് സൈക്കാട്ടിന്റെ ഡോക്ടറക്കല്ല അയാളിനൊരു ആരായിക്കമാണ് അയാളുടെ വലിയ നെയ്പോട് പ്രാക്ടീസ് ഉണ്ടാവാം അതിന്റെ മാലിറ്റത്തിന്റെ വിഷയത്തിൽ ഞാൻ അക്കാലം അതൊക്കെ അത് ചപ്പ ഈ അദ്ദേഹത്തിന്റെ കൈയ്യാൽ അല്ലാത്തൊരു ശിക്ഷരാപി കാണുന്ന അൽ കൽക്കം ഈ ഇറൻ ധാരാളം ആളുകളെ അതുകൊണ്ടാണല്ലോ കിറ്റുകേരി സാധാരണ ഡോക്ടർമാർക്ക് ചിന്ത അറിയാം തന്നിരിപ്പത്തിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ മിക്കവാറും എഴുപത്തഞ്ച് വയസ്സെന്തെങ്കിലും അയാൾ ആ രോഗം മാറിയിടമാണ് എന്നാലും ശരീരം കുട്ടികൃത്തം കൊള്ളുന്നു ഈ ചികിത്സക്ക് ശരീരം എന്തെങ്കിലും ഇവരെ ഉണ്ടാകും ശരീരം മുട്ടോർട്ടം കുറിച്ചുകാരനാകുമല്ലോ ആത്മഹത്യ ചാർജിനെ വേണ്ട വലിയ ചെയ്യുന്നു ഓപ്പറേഷൻ വേണോന്ന് പറയുന്നത് അത് ഒരു ഡോക്ടറെ രാജിലാ ഡോക്ടർ തജീപിന്റെ ഡോക്ടറെ അഭിപ്രായം മൈക്കണിങ് എന്താണോ എഴുപത്തഞ്ച് പേർസ് എന്തെങ്കിലും നൂറ് ശതമാനം മാറൂലങ്കിലേ എഴുപത്തഞ്ച് പേർ എന്തെങ്കിലും അനക്കൊണ്ട് ശിഫ കിട്ടുന്നതെന്ന് തജീപത്തിണ്ട അങ്ങനെയുള്ള ഡോക്ടറെടുത്തേക്ക് അതിന്റെ ശരീരം കൊണ്ടു കൊടുക്കാൻ പാടും പ്രത്യേകിച്ചിട്ട് പ്രത്യേക അംഗങ്ങൾ കണ്ണുപോലത്തെ അംഗങ്ങൾ കണ്ണുപോയാ പകൽ കിട്ടൂലല്ല അല്ലെങ്കിൽ രോഗം ശക്തിക്കാവും ശക്തിക്കായി കഴിഞ്ഞാൽ രോഗത്തിന്റെ നഷ്ടപരിഹാരം മുഴുവനാകു കൊടുക്കണം മുതൽ കൊടുക്കണം അന്റെ പേരിൽ ജർജീബിൽ ക്രിമിനൽ കേസ് അണ്ട് ആശുപത്രി വന്നു എന്ന് പറഞ്ഞാൽ ആസ്പത്രി ആണ് സംബന്ധിച്ചല്ല എന്ന് പറഞ്ഞത് കഥാരി കൊണ്ട് അറിയപ്പെടാത്തൊരാളുണ്ട് അതുകൊണ്ട് ശിപുട്ടിയ കാര്യം അറിയപ്പെടുന്നില്ലെങ്കിൽ ഫസയെ ഓരോ അവിടെ ചതിക്കപ്പെട്ടു പോകും അങ്കുവരാളുപോലും ആളെ ലാക്കിട്ട് പോലും എന്നൊണ്ട് അറ്റവാട് പറഞ്ഞിരുന്നു അതുപോലെ അങ്കുവരെ ചേർക്കുന്നുണ്ട് പോലും ചേച്ചിതൊക്കെ കൂടിയാൽ തന്നെ നാട്ടം കെട്ടി അത് പരിശോധിക്കാം ശിശു കുട്ടി അനുഭവം നോക്കണം അവിടെ ഉണ്ട് പോലെ ഒരുണ്ട് പോലെ നമുക്ക് അഫിനി പറയുന്നുണ്ടല്ല അതാ രണ്ടീഴുംബത്തെയുള്ള അയാളൊക്കെ സ്വഴമ്പത്ത് കിടക്കുന്നതിൽ വലിയ അപകടമുണ്ട് അബൂറാം ഡോക്ടർ പറയുന്നു അയാളൊക്കെ കൊടുക്കേണ്ട മരുന്നിന്റെ വയ്യാറുണ്ടല്ലോ ഡോസ് വ്യാഴ ഡോസ് എത്ര അളവ് എത്ര കടുപ്പം കൂട്ടണം എത്ര ഞായറാഴ്ച കൊടുക്കണം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുക്കേണ്ട ക്വാണ്ടിറ്റി മറ്റൊന്ന് അതിൽ ചേർക്കേണ്ട ക്വാണ്ടിറ്റി പിന്നെ ആവർത്തനം സുഖമാ അതായത് എത്ര ഒരു ദിവസം മൂന്നോളം കൊടുക്കേണ്ടത് രണ്ടാമോ കൊടുക്കേണ്ടി എല്ലാം ഒന്നരട്ട് കൊടുക്കേണ്ടത് അല്ലാഴ്ചയ്ക്ക് ഒന്നാകൊടുക്കേണ്ടത് അതിന് ആവർത്തനം ചെയ്തിട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടെ കൂടുന്നത് അത് ഞയ്യാറിൽ ഇല്ലെത്തി അത് രോഗത്തിന്റെ മയ്യാറിൽ നിന്ന് ഉത്തർക്കപ്പെടേണ്ടതാണ് രോഗത്തിനാദ്യം തണുപൂടി തൂക്കിക്കണക്കാക്കണം എന്താ രോഗം എവിടെയാ ബാധിച്ചത് ആ രോഗത്തിന്റെ അസുരവിടെ കടക്കുന്നു എത്ര കാലമായി എത്ര ഏതെല്ലാം സിജിൽ വരുന്നിട്ടുണ്ട് എല്ലാം ചെയ്യണം ട മാത്രം മുലങ്ങിയും കളിക്കൊടുത്താലും ഭയങ്കര പറ്റാത്തല്ലോ മഴക്കാലോ എത്ര പേരെ ലായി അരി രോഗിക്ക് ചികിത്സിക്കാൻ പാടില്ല മാലഅന്യത്തിൽ അവന്റെ ശരീരാതരണം അവരമി ശരീരത്തിനറിയണം മനമാന സമാനി ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കാല ഡീസൻ സമാനിക്ക് ചൂടാതെപ്പോ ഇപ്പൊ മഴവിന്റെ കാലാണ് അല്ലെങ്കിൽ ഇപ്പൊ മനുഷ്യന്റെ കാലാണ് അല്ലെങ്കിൽ ഇപ്പൊ കടുപ്പപ്പെട്ട വെയിലാണ് ഈ അഹബാടും സമ്മാനം ഇങ്ങനെ രോഗവരുപതി ബന്ധം ഇപ്പൊ തണുപ്പാട് ചോദിന്റെ ഇപ്പൊ ഏറ്റവും ഇന്ന കാലത്ത് വാദം കോപിക്കുക ഇന്ന കാലത്താണ് വിദ് കോപിക്കുക ഇന്ന കാലം നാല് സീസണിൽ നാല് തരം രോഗം അതുപോലെ ആ സനാഹത്തരും മരിയ രോഗി ചെയ്യുന്ന പണിയെന്താണ് ചിലർക്ക് എന്താണ് സിമെന്റ് വടത്തും പണി ഓണിക്കെപ്പോൾ മൂക്കിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് ഓരോ രോഗം വരും ചിലർക്ക് അങ്ങാടിയും മുളക് വാസനിക്കലിരിക്കും പണി ചിലർക്ക് പുകയായിരിക്കും പണി ഡാക്ടറിലും കൊല്ല പൊണി എടുക്കുന്നവർക്ക് ചിലർക്ക് കണ്ണിന് രോഗം വരുമ്പോൾ ബെന്റായിരിക്കും ഇത് പ്രകാശിനി കണക്കിലേക്ക് കണ്ണിനി എപ്പോഴും തട്ടും ഇതെല്ലാം കണക്കെടുത്തിട്ടുണ്ടോ മെന് കൊടുക്കരുത് അവന്റെ അവന്റെ വയസ്സത്തിലുണ്ട് പ്രായത്തിലുണ്ടെന്ന് അറിയണം ബസ് ആഹാദി മറ്റുള്ള അഹബാളുകൾ അറിയണം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ചികിത്സ കൊടുക്കേണ്ടത് കഥാലിക്ക ഇതുപോലെ ആ ശ്രീ ഒരു തുടരപ്പുറാവുന്ന ശ്രീഹുണ്ടല്ലോ അല്ല നീ അതിന്റെ പറഞ്ഞുണ്ട് എത്തുപൂന്നല്ല വേണ്ടത് മൊരീതീകളുടെ രസിലെല്ലാം തിപ്പു കൈകാരം ചെയ്യുന്ന ശേഷം വയുവൽ ശരീരം റഷാദിനെ ആക്രമിക്കുന്ന ആളെ കല്ലുകളെയും എന്താക്കുന്ന അയാൾ ചികിത്സിക്കുന്നുണ്ടെങ്കിൽ എംപതി ആവശ്യമാണ് അല്ല യുഹാനും അമിത്യാവത്തുകൊണ്ടോ തക്ലീഫുകൊണ്ടോ അയാൾ ചാടി വീഴാൻ പാടില്ല ഈ പല്ലിൻ മക്സൂസിൻ ഒരൊറ്റ പല്ലിലായി കൊണ്ട് ചാടാൻ പാടില്ല ഒരൊറ്റ തനീക്കിലായി കൊണ്ടുപോവാക്കാൻ പാടില്ല എപ്പോ മാഹ്ലാഖവും ഈ മുരീതന്മാരുടെയും മുസ്തർഷീങ്ങളുടെയും അഹ്ലാക്കിന് അറിയാത്ത കാലത്തോളം അമ്രാതകം അവിടെ മറന്നുകളും അറിയാത്ത കാലത്തോളം എല്ലാ രോഗികളെയും ചികിത്സിക്കുന്നെങ്കിലും എല്ലാ ജിമാനെയും ഒരൊറ്റ ചികിത്സ കൊണ്ട് ചർത്തിപ്പിക്കാൻ പഠിച്ചിട്ടു പോലും ആരും ശർദിപ്പിക്കുന്നേ ചർത്തിപ്പിക്കും ഒറ്റച്ചർ നീന്ത ആദ്യം കൊണ്ട് അത്ഭു ചിട്ട് വരാം അതിന് എന്ത് ചെയ്യും എന്നാൽ കഥ രാജസ്ഥ മകത്തന്നെയും കൊന്നിട്ടുണ്ടാകുമെന്നാണ് ചർദിപ്പാളുകൾ അറ്റ ചർദി കൊണ്ട് മരിച്ചിന് ആകെ കൊടുമെന്നാൽ അതെന്താണ് ഈ കൊടുക്കുന്ന മരണകത്ത് എന്തും ഛർദ്ദിക്കൂ വമനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കേണ്ട പ്രത്യേകം മരുന്നുണ്ട് അല്ല പഞ്ചകർമ്മകൾ ഇപ്പൊട്ട വസ്തി നസ്യം ഏ വിവേചനം അഭ്യംഗം ഈ അഞ്ചെണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് ആ വമനത്തിപ്പെട്ടതാണ് ഏത് ഛർദി വിരാചനം ഉള്ളി വരുന്നോടത്തിൽ പൈളക്കളില്ല വിരേചനം ദശ്യം തന്നെ മൂക്കിൽ വരണിട്ട് ചിട്ട അപ്പം മതിലാകൾക്ക് അത് ലസ്യത്തിലുണ്ടാകും ദുഃഖത്തിനെല്ലാം മൊത്തത്തിൽ സോധന ചികിത്സിക്കാം പ്ലീസ് സ്നേഹം തന്നെ എണ്ണ എണ്ണ കുടിപ്പിക്കുന്നു സ്നേഹം തന്നെ മത്സ്യത്തിന്റെ മർപ്പത്തിന്റെ അതിനകല്ല സ്നേഹം തന്നെ എണ്ണ പാൻ പാല് കുടിക്കുക കുടിക്കരുത് ചില മരുന്ന് ചെറുതിട്ട് എണ്ണ പിടിപ്പിച്ചാൽ എന്തും ഛർദ്ദിക്കും ഇതുപോലെന്താ നിശാർ കൊടുക്കുന്നത് എന്താന്ന് പറഞ്ഞു കുറേ ഒരു കോലം ഇതിന് റിയാനയിൽപ്പെട്ട ഒരു അച്ഛലം എന്നാൽ അക്കത്ത രാജ്യത്തുറവും എല്ലാരെയും കൊണ്ടിട്ടുണ്ടാകും ആമാതന്മാർ കൽഭം എനിപ്പിച്ചിട്ടുണ്ടാകും ഇനിപ്പൊറ മത്തിന്റെ ഒപ്പി ചെറിയ ചെയ്തതാണ് ഇനി പോരാട്ട് കൊൾച്ചു പയമ്പി അതുകൊണ്ട് ആവശ്യമാണ് അവന്റെ ബസീറത്ത് മുഖേന പദാർത്ഥത്തെ കുടിച്ചെടുക്കണം വസീറത്തോടെ സാധിക്കുള്ളൂ അക്കലോണ്ടേ സാധിക്കൂല അഖിലോണ്ട് ഡോക്ടർമാർക്ക് ഈ രോഗം കണ്ടെത്താൻ ബസീറത്ത് വേണമെങ്കിൽ ആനമ്പുൽ മലപ്പുറത്തിൽ മറിഞ്ഞിടക്കുന്ന കാര്യങ്ങൾ വരെ കണന്നെങ്കിൽ ബസീറത്തോണ്ടേ സാധിക്കൂ ഒമ്പതാമത്തെ അംഗാണല്ലോ വസീറത്ത് ഗവൺമെന്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ അറിവ് നേടാനുള്ള ഒമ്പതാമത്തെ കാലത്താണ് ഇതിന്റെ വസീറത്ത് അതായിരിക്കും തുറക്കപ്പെടുന്നില്ല പഞ്ചണ്ണുകളിൽ പെട്ട അഞ്ചംഗങ്ങളും ഈ അക്കന്റെ അപ്പുറമാണല്ലോ വസീറത്തുള്ളത് വസീറത്തിന്റെ അഹനികാരം ഒക്കെ അതിലേക്ക് പോയെന്നുണ്ടാകുന്ന പൈതമ്മക്കളോട് ബുദ്ധിജീവി സംസാരത്തിന്മാതി ഉണ്ടായിട്ടുള്ളത് ചെറിയ പൈതമ്മക്കളോട് വലിയ ബുദ്ധിമുട്ട് സംസാരിച്ചാൽ അപ്പൊ ഇത് നോക്കത്തിരിയോ ഇയാൾ നോക്കില്ല അറിയുന്നത് ഇതേമാതിരി വലിയ ഉക്കരാമന്യാസിനോട് ബസ്സിനെ സംസാരിച്ചാല് ഓനിക്കൊന്നും തിരിഞ്ഞുണ്ടാവില്ല ആ ബസ്സുകൾ തുറക്കമാക്കോ ആളുടെ എല്ലാ കാലത്തും ഉണ്ട് എന്നിട്ടോ ഓരോ ഉള്ള ഹലോ هذا سواه البصيرت عين البصيرت حق البصيرت مون بصيرت بصيرت نمون اشتهجان سواه البصيرت اش ادوك قربه منك وحق عين البصيرت يرسدك وجودك المجودة منه عدمك لوجوده ها بصيرت والذي دي في حال المريدين مريد ما رحالي جندك اكسان امون اغطولا പമാർ യെ ത അപ്പോ ശേഖ തിരിയിന്ന് യെസ്ല ഒരാളെ കാണുന്ന തരി തിരി വെച്ചു ഓനിക്ക് വേറെ പണിയിൽ നിന്ന് കൊടുക്കാണ്ട് ആദാസപ്പെട്ട് മഴ ആയിട്ട് തിരിഞ്ഞ മാറി വിഭാഗത്തിലും ഏർപ്പെടാൻ ആ തതിരിട്ടുണ്ട് എന്തുകൊണ്ട് കുമ്പത്തിയജ്ഞി ആ മുരീലിന് യജ്ഞം വളരെ കുമ്പത്താണ് ഒന്നിക്കിൽ അങ്ങനെ ആ എൽപ്പത്തി ഊല തിരി അല്ലെങ്കിൽ ഓനിക്ക് വേറെ ചെലവിന്റെ ആവശ്യമൊന്നും എന്നില്ല ഓനിക്ക് സ്വന്തം തടിയാന്ന് അത്ഭുതങ്ങൾ മതിയൊക്കെ വേറൊന്നും ചിന്തിക്കണ്ട വഴിക്ക് ചെലവുകൾക്കാനും ഇല്ല പോറ്റാനുമില്ല വാരിയില്ല മക്കളും ഇല്ല വേറെ ഒന്നും എന്റെ ആവശ്യം വേണ്ടില്ല അങ്ങനെയാകാം എന്നാൽ ജെർഹ്റഹു അവനെ തതിരീതിയിൽ നിർത്തണം അസ്ബാബിൽ നിർത്താൻ പാടില്ലെന്നവർ തജിരീതി തസ്ബീബുമല്ലേ അസ്ബാബിൽ നിർത്താൻ പാടില്ല ഓനന്താ തജിരീലാക്കണം ഒമർ എത്ര കാണുന്ന ആ എസ് രാഹുൽ അഹു തജിരിവനെ പറ്റൂല്ലെങ്കിൽ തറക്കഹുബിൽ അസ്ബാബ് അസ്ബാബിൽ തന്നെ ഉപേക്ഷിക്കേണ്ടതാണ് എന്നാണ് അസ്ബാബിന് ഗർമൊന്നും അറിയാൻ പാടില്ല അവൻ പഠിച്ചിരിക്കൂ വകം കാന അഹിലല്ല ഇതാക്ക കൊടുക്കാൻ അഹിലായി കഴിഞ്ഞാൽ അല്പസമൂണിക്ക് തിരിപ്പിക്കാം ഈ സർട്ടിഫിക്കറ്റ് വസ്ത്രം സ്ഥാനവസ്ത്രം എന്ന് പറയില്ലേ വഹങ്കാന അഹിറിലില്ല അതിന് അഹിലായിട്ടില്ലെങ്കിലോ തറക്കം ഹോക്കി നിവാസി നിവാസില്ലാല്ലോ നിവാസാണ്ടല്ലോ ഈ കോട്ടൂട്ടിന്ന് നടന്നിട്ട് പോയി കഴിഞ്ഞാൽ ചെയ്യും അർഹനല്ലാന്ന് ിൽപ്പിക്കണം വമൻകാനാണ് ഇഷ്ടപ്പെട്ടതായി മാറിപ്പോയി തന്ന അവിടെ എനിക്ക് ഋസിനത്ത് പറ്റൂല അതൊന്നും എനിക്കെന്തായി മതിലുള്ളതായി പോയി അത് പറ്റൂലത്ത് കൊണ്ട് ഏൽപ്പിക്കണം ദോഷം വരൂല്ല ഹൽവത്തുകൊണ്ട് ഹിനാസായി വന്നല്ലോ എനിക്ക് ആൾക്കൂട്ടത്തിൽ ഇട്ടാലും പുറത്തുനിന്ന് ഇവരെ സ്വാധീനിച്ചുകഴിയില്ല വമങ്കാര രാജായും വലിയ വലിയ ജാഹുംബര നേതൃത്വങ്ങളോടാണെങ്കിൽ അമിത് ഹറാബ് ഹറാബ് കൊണ്ട് കൽപ്പിക്കണം കൊണ്ടും പുറത്തുകൊണ്ടും वराना ताबी प्रसिद्ध इल्ला ताड़ा सवाल तोई करन कवड इरकरिले यकंबेल आडू कुरान दानाला लगी एक्वारी आदिले कान अमरुहू अववटे कारी मा मानी तबी एक्वारी तो संगठना रे हा वहा कदा इप्रगादा वल्लाहु आलम उम्मा तम्मा मारान शेखी जरीन शेखान आले मुर्तियाकुनु ി കഥാനം അതിനപ്പുറം ഉണ്ട് അടുത്ത പേജിലേക്ക് ചെറപ്പിലും കഥഹൻ വകാന ഈ ഷൈഹാഖെന്ന ഡോക്ടർ ആകണം അശാബ് എന്ന് തന്നെ പച്ചമരുന്ന് ലോൺ അറിയുന്ന ആളാണ് പച്ചമെന്ന് തളി പറഞ്ഞ പേർക്ക് പഠിക്കാൻ പോകുന്നില്ല അപ്പ ഇപ്പൊ ഇവിടെ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ആക്കിയില്ലായി ഇവന്റെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങൂലിക്ക് പച്ചവന് ചെടിയുണ്ട പ്രതി എന്താ വീസുകൾ അതേ അവസരത്തിൽ ചികിത്സ അറിയാത്തവരുടെ പച്ചമരുന്ന് അറിയുന്നാലും ഉണ്ടാവും ആ സ്ഥലത്തിൽ ഇന്ന മരുന്ന് കൊള്ളാ കുറച്ച് ദൈനംന്ന് പറഞ്ഞു അപ്പൊ ഇവനാകെന്താക്കണം പച്ചമരുന്ന് ഏതാണ് ഈ മരുന്ന് ഏതാണെന്ന് എന്താണെന്ന് സ്വയം അറിയണം അക്ഷ സൈതാനാണി എന്ന് പറഞ്ഞ ഫാർമിസ്റ്റ് അതെ ഈ മരുന്ന് കൂട്ടി ചേർത്തിട്ട് ഫാർമിസ്റ്റാക്കി നോക്കുന്നില്ലേ അതല്ലേ സൈതാനത്ത് ആ മരുന്ന് ചാപ്പിനി സൈദീപ്പ് തന്നെ പറയുന്നില്ല ആ മരുന്ന് പാക്സിൻ അതെ പറഞ്ഞ ഫാർമകോപ്പിയ പല മരുന്നുകൾ പുതിയ മരുന്ന് ഉണ്ടാക്കുന്ന കേട്ടാണ് ഫാർമോക്കോപ്പിയെന്ന് പറയുന്നത് ആ ഫാർമകോപ്പിയ പഠിച്ചാടാണ് സഹി ഫാർമിസ്റ്റ് ആണോന്നാ പറയുന്നു ഡോക്ടറോ എം ജിയുടെ ഡോക്ടർമാർക്ക് അതിൽ അറിയണല്ലോ ഈ മരുന്ന് എന്താ തിരിച്ചൊരിക്കും അല്ല അങ്ങനെയാണെങ്കിൽ ഡോക്ടറല്ല ഡോക്ടറല്ല ചെറുത്ത് കിട്ടില്ല അങ്ങനെയാണെങ്കിൽ എല്ലാ രോഗിന്റെ അതിൽ ഡോക്ടറെ അല്ല പക്ഷെ ചികിത്സകനാണ് ഈ കണ്ണിന് രോഗം വന്നവര് കണ്ണിന് ചികിത്സ കൊടുക്കുന്ന ആക്കാത്ത കഥ എന്ന് പറയും പിന്നെ കഹർ എന്ന് പറഞ്ഞ പ്രത്യേക സുറുമ കണ്ണിനി ഈ എന്താ ജോലിന്റെ കണ്ണിന് വന്നിട്ട് എന്തൊരു പ്രത്യേക പേരുണ്ടല്ല മൂക്കിൽ വന്നിട്ടെങ്കിൽ എസ് സിമന്റ് പറയും പോലെ കണ്ണിന് വന്നിട്ടെങ്കിലും എനിക്ക് പ്രത്യേക പേരുണ്ടല്ലോ കണ്ണിൽ മരണിന്റെ പ്രയോഗത്തിന് പ്രത്യേകം പേരുണ്ട് ദൂരത്തെ പ്രയോഗത്തിന് അവസ്ഥയുന്നത് കണ്ണിൽ പ്രയോഗിക്കുന്നതിന് പ്രത്യേകം പേരുണ്ട് അവര് താലി ചൊന്ന് പിന്നെ മാനസ്ഥാനീന്ന് പറഞ്ഞാൽ ആസ്പത്രിയുടെ മറസ്ഥാന ആസ്പത്രി മെഡിക്കൽ കോളേജും അത് തീർച്ചയും പത്താണ് അപ്പൊ അയാൾ ആരാകണം പച്ച മരുന്നറിഞ്ഞിട്ട ആളാകണം കൂട്ട് മരുന്നുണ്ടാക്കാനുള്ള ചെയ്യാൻ പഠിച്ച ആളായിരിക്കുമ്പോണോ അതോടൊപ്പം തന്നെ കണ്ണില് മരുന്നത് പ്രധാനപ്പെട്ട അങ്ങായുണ്ടത് കണ്ണുനിന്ന് വർക്ക് പറഞ്ഞത് കണ്ണിന് ശേഖരിച്ച പ്രത്യേകം അറിഞ്ഞിരിക്കണോ തുടരേ പോലെ ജീവിത അന്വേഷിച്ചു ഇല്ലേ പിന്നെ മെഡിക്കൽ കോളേജിലോട് സൂപ്രണ്ടായിരിക്കും മണന്നാറ് ശേഖന്റെ യോഗ്യതയാണ് അൽ അശാബു എന്ന് പറഞ്ഞാൽ അല്ല ഈ ഹൂവല്ല ഓരോ പച്ചമിറന്നിന്റെ ദാത്ത് അയതാ സാധനങ്ങൾ പേര് പറഞ്ഞുകഴിഞ്ഞാൽ കുറന്തോട്ടിന്ന് പറഞ്ഞാൽ ഏതാ കുറച്ച് കൺസിഡർ ചെയ്യണം ഇല്ല കൊണ്ടോട്ടി ഈ കുറന്തോട്ട് ഏതാണ് വെള്ളയാണോ കറുപ്പാണോ കൊന്നോട്ടി തന്നെ പല ഇനങ്ങളുണ്ട് എരുക്കെടുത്തോക്കി അതിലൂടെ പല ഇനങ്ങളുണ്ട് ഉമ്മത്തെടുത്തൊക്കെ പല ഇനങ്ങളുണ്ട് കടുക്കടുത്തൊക്കെ ഏഴ് ഇനങ്ങളുണ്ട് ആ നമുക്കിപ്പേര് കേൾക്കാമെന്നേ ഉള്ളൂ കീതാർ നെല്ലി പാലിലച്ചു കുടിച്ചോന്നേ മരുന്നാക്കല്ലോ ഏതാ കീതാർ നെല്ലി അപ്പം ഇറ്റത്തെ കേട്ടോ ചിലപ്പോൾ നമ്മൾ താൽമത്തൻ ഉണ്ടോ മുൻകൈയില്ല അച്ചുപിടിക്കാമെന്നേ കേട്ടിട്ടുള്ളൂ എന്നിട്ട് ഓരോ ആയാലിന്റെ മന മമ്പാക്ട് എന്താണ് അത് എന്താക്കിയാൽ കൂട്ടായി പ്രയോഗിച്ചാൽ അതിന്റെ ഒക്കെ ഇന്ന് കൂട്ടിയാൽ എന്താണ് എന്നുള്ള മനാഫി അറിഞ്ഞിരിക്കണം ഇപ്പൊ ഹവാസഹാ അതിന്റെ ഹവാസുകളും അത് ഓരോന്നുള്ള പ്രത്യേകിച്ചുള്ളതും ബഹുബാസ്ലുള്ള അത്തിപ്പത്തി അതാണ് അത്തിപ്പത്തിന്റെ ശരീരം വൈദന്മാരുടെ ശരീരം അതാണ് ആ അപ്പൊ കേന്ദ്രം ഇത് വെറ്റില്ല ി എന്ന് പറഞ്ഞാൽ ഔഷധവീര്യമുള്ള സാധനങ്ങൾ ആ അയാൾക്കറിയും അല്ലാത്ത ഇങ്ങനത്തെ അത്തറിയാത്ത തത്തോർക്കല്ല ഈ റസ് നിന്നാണ് എന്താക്കല് പുതിയ പുതിയ മരുന്നുകൾ ഉണ്ടാക്കി ഇവിടെ അങ്ങാടി മരുന്ന് ശാപ്പിനില്ലായിരുന്നു അങ്ങാടി മരുന്നിന്റെ അതിനെങ്ങാൻ അറിയുന്നുണ്ടോ അറിയില്ല ജബാ ഖാൻ ഈ പോയ പോലെ അഷ്ടം പോലെ വിട്ടൂല ഇതെങ്ങനെ വില കിട്ടാതെ നമുക്കറിയാം വൈദ്യർക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കണം വൈദ്യമായിരിക്കണം ആ മൻസൂലാനിന് പേര് മൻസൂബായിട്ടാണ് അറ്റർന്നാ പറയാ കാടക്കിടക്കാവുന്ന ഇത് ഓർമ്മിക്കില്ലേ പറഞ്ഞില്ല അയാൾ നല്ല മാർമിച്ചായിരിക്കണം മർമ്മ കോപ്പി അറിഞ്ഞിട്ട് ഓർമ്മിച്ചാണ് മരുന്ന് വരുകാനും വരകേണ്ട മരുന്ന് ഏതാനിന്റെ പാക ഏതാന്ന് എണ്ണ കാറ്റേതാണ് അരക്ക് പാകേതാന്ന് അരക്കിലവർന്ന വാഗേതാ മകൽപ്പാകേതാ ചടിപ്പാകേതാ മറ്റേ പാകം പാകത്തിന് വലുതും ഉണ്ടാവും പാകം തെറ്റി അണ്ട വലിക്കൂല കരക്ക് തേക്കേണ്ട എണ്ണത്തിന് വേറൊരു പാകം തെറ്റി വേറ്റിണ്ട പാകത്തിനായി പോയാൽ ആ അത് കാന രോഗം വന്നു മണൽ പാകം മണൽ പാകായിട്ടുള്ള എല്ലാ രോഗത്തിനും തന്നെ ചില രോഗത്തിനും ഇതുണ്ടാകും തലക്ക് കേൾക്കണ്ട കഫം പെറ്റിക്കാനുള്ള ഭാഗം കഫം കിട്ടണം ഉറച്ച കഫം തിളകിട്ടുണ്ടെങ്കിൽ ക്ലാസ് തുപ്പിച്ചും പോണെങ്കിലും പാകം മാറ്റണം തലക്കേക്കുന്ന തണ്ണിൽ നിന്ന് ദുഷിച്ച നീരുകളൊക്കെ പുറത്തു കളയില്ലെന്ന് പറയും വഴുക്കാലുള്ളിൽ പാരി അത് ചെയ്യുന്നത് കത്താകെന്ന് പറയും അപ്പം പറഞ്ഞു കഷ്ടല് എന്ന് പറഞ്ഞാൽ ഹല്ലി പദവി കണ്ണിന് പറ്റുന്ന പ്രത്യേക മരുന്നുകളെല്ലാം അറിയുന്ന കഹാലെന്ന് കഴിയും ഓരോന്നെങ്കിലും പ്രത്യേക മരുന്നുണ്ടല്ലോ കണ്ണിന് വെറ്റുന്നത് ചെവിക്ക് വെറ്റുന്നത് മൂക്കിന് വെറ്റുന്നത് ഓരോ അംഗങ്ങൾക്ക് പറ്റുന്ന പ്രത്യേക പ്രത്യേക മരുന്നുകളുണ്ടല്ലിഹാ അതിനെ ചികിത്സിക്കുന്നെങ്കിലും കണ്ണിൽ എഴുതേണ്ട പല മരുന്നുകളുണ്ട് ഈ സുറുമന്റെ കൂട്ടത്തിൽ കൂട്ടിട്ട് അത് ി എന്ന് പറയുന്ന സിബിന്റെ പല മൃഗൊരുമിച്ച് കൂട്ടിയ മെഡിക്കൽ കോളേജിനെ എന്താ പറയില്ലേ ആടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനോട് നമ്മൾ പുറത്തു വേണമല്ല ഓർത്തോ മറ്റേത് ഗൈനിക്കോളജിസ്റ്റ് ജ്യൂഡിയോട്ടിസ്റ്റ് മറ്റേ അതിൻ്റെ ബാലത്തിൻ്റെ ഉള്ളത് എക്സ്കേറ്റുള്ളത് ഇങ്ങനെല്ലാം കൂടെ മിക്സ് ആക്കി ഞാൻ മാനസ്ഥാനി എന്ന് പറയും ചെറിയൊരു ക്ലിനിക്ക് മാത്രമെങ്കിൽ പതിയാ പോവുക എന്നുണ്ടാവുള്ളൂ വലിയ ആശുപത്രികളൊക്കെ തന്നെ പ്രസവത്തിന്റെ വാർത്ത വേറെ വാത്രത്തിന്റെ അതിന് വിവിധങ്ങളായ ഡോക്ടർമാർ അത് മാറി സ്ഥാനും അപ്പൊ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അവിടെ ചികിത്സിക്കാം ഈ അഷാസി മുസ്തലിഫി പലതരത്തിലുള്ള വ്യക്തികളായിരിക്കും വരുന്നത് വീട് കുട്ടിയിലായിരിക്കും ഒരു കൂട്ടർ വരിക വേറൊരു കൂട്ടർ ഉണ്ടാക്കും യൂണിവേഴ്സിറ്റി വരുന്നുണ്ടാവും മറ്റൊരു ബസ്വൈ ക്യാമ്പിൽ നിന്ന് ഉണ്ടാവും പല പല താറും കബീറത്തൻ വലിയൊരു കെട്ടിടം മൊറാറ്റ് മറന്ന രോഗികൾക്ക് വഴി തയ്യാറാക്കാൻ പറ്റുന്ന ആ എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് പരിഹാരം മെഡിക്കൽ കോളേജ് ഈ പറഞ്ഞത് കാര്യം അത് നിയന്ത്രിക്കുന്ന ആദ്യത്തെ പേര് ദിവസം മാറുസ്ഥാനി എന്നാ പറയുന്നത് ചീഫ് മെഡിക്കൽ ഓഫീസർ ഉണ്ടാവുമല്ലോ സി എംഒ അയാൾക്കാ മാറുസ്ഥാനി എന്ന് പറയുന്നത് ബുധനാഴ്ച ആശുപത്രി ആരാന്ന് മെഡിക്കൽ ആള് ഇന്ന ആസ്പത്രി ആളാരാണ് ഇന്ന് എപ്പോഴും ഇല്ലാ മാഹിരൻ അയാൾ മാഹിറല്ലാത്ത ആളാകാനേ പറ്റൂല ആരുല്ലെങ്കിൽ ഒറ്റയ്ക്കെല്ലാം കഴിയും ചെയ്യാൻ പറ്റുന്ന ആളാവും സർസ്ഥാന്റെ സന്തം വി കൊണ്ടും ആരി അതിന്റെ എല്ലാ ഉണ്ടാവുക പഠിച്ചാലേ ഡയറക്ടാക്കാൻ പറ്റുള്ളൂ വക്കത് വർക്കറ ഈ മന്നസിക്കും ഇഹി എനിക്ക വിശ്വാസയൊക്കെ ഞാൻ ഒരാൾ പറഞ്ഞാന്ന് അന്ന ഭൂമ ഹോമക്കാരുണ്ടല്ലോ ും മാറുസ്ഥാനും കബീൻ അവരടുക്കൊരു വലിയ ഇരുന്നൊരു മെഡിക്കൽ കോളേജുണ്ട് പ്രഗത്ഭനാവി വേദികൊണ്ട് അവിടെ നിൽക്കുന്നു യുധാവില്ല അവിടെ ആരൊക്കെ പോകുന്ന എല്ലാവർക്കും അയാൾ ചികിത്സ കുറഞ്ഞു കൊടുക്കുന്നു വൻ മാറുസ്ഥാന ഈ പറയപ്പെട്ട മെഡിക്കൽ കോളേജിനണ്ട് ഇന്ധനവും അവരുടെ അടുത്തുള്ള അനഭാസന്റെ അധിയമത്തിൽ വലിയ സ്വത്തുക്കളും ഉണ്ട് വരുമാനങ്ങൾക്ക് വേണ്ടി ചെലവിൽ ആ ചെലവിനും കൊണ്ടാണ് അത് നടന്നു പോകുന്നത് അരൽമുറാദാ അരവേണ്ട ഇവിടെ മാറസ്ഥാൻ ഉദ്ദേശം ഇപ്പിൽ കുലൂബ് നമ്മ ഇവിടെ പറഞ്ഞ മെഡിക്കൽ കോളേജിലേതാന്ന് വരിതന്മാരായിട്ട് ആര് വരുന്നു വല്ല സ്വാഭാവത്തിന് ടോലിക്ക് എന്തല്ലോ വിശ്വാസത്തിന് ടോലിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതിൽ എല്ലാത്തിനും പരാതി പറഞ്ഞു കൊടുക്കാൻ രംഗം എന്നെവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഇബിൾ എപ്പോഴും റബിയും ഇഷ്ടിൽ കുലോബു കൽബിന്റെ തബീബായ ശേഖൻ ആവശ്യമാണ് മായർക്കു ഫി തബീബിൽ അബുദാൻ ശരീരം ചികിത്സിക്കാൻ ആവശ്യമായ എന്തെല്ലാം ഷർത്തുകളെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ലൂഢിയും വേണം ശരീരം ചികിത്സിക്കാനൊന്നും പണ്ടേ എന്നാൽ ശേഖനൊന്നും വേണ്ട ഒരു കേട്ടോ മതി അല്പം ഉറുദു ഭാഷ പ്രജ്ഞാനം ഉണ്ടായാൽ മതി ഇംഗ്ലീഷോ ഹിന്ദിയൊന്നും വായിക്കാനുള്ള പ്രജ്ഞാനം റുത്തു പിടി അപ്പോൾ അവിടെ ആവശ്യമാണ് അഞ്ഞക്കൂല കാലി തറക്കീബി അതുവിയത്തിൽ കൊലോകും കല്ലുകൾക്ക് വേണ്ടുന്ന അതുവിയത്തുകൾ തറക്കീബാക്കാൻ ആരോപടിക്കണം ഏതോ ശരീരത്തിന് വേണ്ടുന്ന മരകൽ ഉണ്ടാക്കാൻ പഠിച്ചതുപോലെ ആരോപിച്ചിട്ടു അശ്ലീപത്താ അതിന് കുടിക്കാനുള്ള പാനീയങ്ങളും വീയത്തിൽ അറിവായി അറുവാഹിഞ്ഞ് വേണ്ടുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അസ്ത്രീയത്തില അതിന്റെ കുടിനീരുകൾ എന്തൊക്കെയാണെന്നറിയണം ി പലതരത്തിലുള്ള ദിക്കരുകൾ എന്തൊക്കെയാണ് അയാൾ അറിയണം ഇന്ന ദിക്കു ചെല്ലാ എന്താ മസായത്ത് അത് എപ്രകാരം ചെല്ലണം എന്നറിയണം അപ്പൊ അത്മാത്യ അതിന്റെ ദൌക്കും പറഞ്ഞ അയാൾ സ്വയം ചെയ്തിട്ട് അതിന്റെ അനുഭവം ഉണ്ടാവുമല്ലോ അപ്പൊ നെത്താഴ്ച ഫിക്കറുകൊണ്ടുണ്ടാക്കപ്പെട്ട നെത്താഴ്ച അത് ഫിഗറിങ്ങനെ പോലീസ് എത്തിച്ചേരുമ്പോൾ നെത്തീജിലേക്ക് എത്തിച്ചേരും അത്താഴ്ജിന്റെ അഫ്കാർ എന്ന് പറയും അപ്പൊ മഹാരി അബ്കാറിന്റെ വാധിപത്തുകളും പല്ലടുക്കാറു പാർന്നുള്ളത് കൽ നദനീയത്തി ഭക്ഷണം പോലെയാണ് നിൽക്കുന്നോ കല്ലുകൾക്കൊരു ഭക്ഷണം പോലെയാണ് നിൽക്കുന്നു വൽമോ ഗുരുതൽ കൽ നശദീപത്തിന് ആ കൽബുകൾക്ക് അത് പാനീയം പോലെയാണ് വൽമുതാക്കളത്തു പരസ്പരമുള്ള മുതാക്കൾ കൽ നദനീയത്തിൽ ലറുവായി അറുവാഹിൻ്റെ വൽ കിക്കറത്തു വൽ നീറത്തു കിക്കിറത്തും നതുറത്തും കൽ നശദീപത്തിന് അറുവാഹിൻ്റെതാണ് സറാപ്പ് പോലെയാണ് സ്വരമ്പത്തുള്ള ആരിഫീന ആരിഫീങ്ങളോട് സ്വരമ്പത്ത് കെട്ടലും പറഞ്ഞ അവരുടെ മുമ്പിൽ പോയി ഇരിക്കലും ഈ മതുംറുമായി കൽബുകൾക്കും അറുബന്റെ അസറാറിന്റെ മൂന്ന് പടിയും കയറി ജബ്സെല്ലാം പോയല്ലോ ജബ്സിന്റെ ഒക്കാൻ വല്ല കുട്ടികളും പോയി കൽബ് ഹൈസെക്കൻഡറി മൂന്ന് എണ്ണത്തിലുണ്ടോണ്ട് നല്ല മത കിട്ടും അത് ഇവരെ ശക്തിയെത്തോടും തപ് കഴിക്കും ചിലർക്ക് കിട്ടുക ചില പുലുമ്പട്ടുക ചില അക്രവാർമാരിട്ട് ചില അസാധിട്ടുണ്ട് വാ അതുകൊണ്ട് ആ സ്വലപത്തിൽ ആദ്യം ചെയ്ത അവരെ സംബന്ധിച്ചുള്ള ഭക്ഷണം അത് തന്നെയാണ് വേറെ ഭക്ഷണമൊന്നും വേണ്ട അവരുടെ ശരാബത്തിൽ തന്നെ അതേ സ്വലഭത്തിൽ തന്നെയുണ്ട് ദബാഹും കുല് ആക്കാതെ മഹാത്ബദ്ധി എത്രത്തോളം ഓരോ മുനീലിനും അവന്റെ സ്ഥുക്കും മഹാബദ്ധ അതുപോലെയും വാനാക്കാതെ മക്കാമി അമർത്ത ബത്തി അവന്റെ മക്കാമോർത്തങ്ങൾക്കനുസരിച്ച് അരികളുണ്ടാകാം ർത്തവക്കാർക്ക് അതാകില്ല അമോഹിന്റെ വർദ്ധപക്കാർക്ക് അത് കിട്ടും മസറാന്റെ വർത്തവക്കാർക്ക് അത് കിട്ടും മൂന്നും മൂന്നും വിവരങ്ങളാ പഠിക്കാൻ കുറാൻ പറഞ്ഞു പോലെ ഒരു ഇത് ഒരു പച്ചമരുന്ന് പറഞ്ഞാൽ അരിഞ്ഞിട്ടുണ്ട് ആ സാധനത്താണോ നമ്മളിപ്പോ പേര് കണ്ടിട്ട് പറഞ്ഞ പോലെ ആ സാധനത്തെ തിരിയണ്ടേ അത് അയിര് യിർ അതുപോലെ ഔഷധ വീര്യമുള്ള മറ്റു അശാകുമ്പോൾ പച്ച ചെടികളായിരിക്കും അഹാധി ഏതാകുമ്പോൾ മറ്റു മരുന്നിന്റെ ഞങ്ങളായിരിക്കും അടുക്കാം അടുക്കത്തിൽ അവരെ അശാമല്ല അഘാതെല്ലാം എടുക്കാം ആ രീതി അയാൾ അറിഞ്ഞിരിക്കണം ഈ തർക്കി ബിൽ അതിയെ മരുന്നുകൾ തർക്കീ പാക്കാനുള്ള കേട്ടും പഠിക്കണം എന്തുകൊണ്ട് അത് ഈ മരുന്നിനെ കൊല്ലാതെ സാധനം ഉണ്ടല്ലോ മരുന്നെ കൊല്ലാതെ കൊല്ലേ എന്തുകൊണ്ട് ഫഹിന്നൽമ മിൻ കയ്യിലായി എന്താ അർത്ഥം പൊക്കല് ഫൈന്നല്ലിൽമ മിന്നുകൈലിൽ അരി എന്ന് പറഞ്ഞാല് അയിൽ ഇല്ലാത്ത ഇൽമ് എന്ന് പറഞ്ഞാലോ നമ്മൾ ഒരു സാധനത്തിനെ സംബന്ധിച്ച് എൽമുൽ ജക്കി അയനുൽ ജക്കീൻ അത്മുൽ ജക്കീൻ അല്ലേ പറയില്ലേ എൽമുൽ ജക്കീൻ എന്നാൽ ബെറും പ്രക്നീതിയായി കേട്ടുകൾ വിക്കുക ഇൽമുൽ ജക്കി എന്ന് പറയും നിങ്ങൾക്ക് നേര ഇവ ശരിക്കും അറിഞ്ഞിട്ട് അത് തട്ടിക്കാക്കിക്കൊണ്ടുള്ള അറിയില്ല എന്ന് പറയുന്നത് അയനുൽ ജക്കീൻ അപ്പൊ വൈനൽ ഇൽമെന്ന് പറഞ്ഞാൽ ബൊറും ഇൽമ് ഇങ്ങനെ കൈനില്ലാത്ത എന്ന് വെച്ചാൽ കൈനുൾ ചക്തിയിലാവാത്ത ഇരുവൽ ജക്തിന് മാത്രമായാൾ കേട്ട് വരങ്ങി എല്ലാ യുക്തിയിലും അത് ഒരു പദവും ചെയ്യൂല നമ്മളെ രംഗത്ത് എന്നും ഞാൻ എന്തിൽ ഏതോ ഒരു മരണത്തിന്റെ പേര് പറഞ്ഞ അകെ കുറിച്ചല്ലാതെന്ന് പോലും ഒന്ന് കേൾക്കും ആ മരണന്താ ഇവിടെ കിട്ടലേ അമ്മോ കിട്ടിയാൽ ഓണന്തോ പാരിത്തോ ഇത് തന്നെയെന്ന് അങ്ങ് അതാ പറയുന്നത് പലബുദ്ധി അപ്പൊ ഇമുൽ ജക്കി മാത്രം വല അൽ ജക്കി കൂടാണ്ട് കഴിയൂല അലിക്കോ ലവ് ഇല്ലാതി പച്ചമരുന്ന് കൊടുക്കുന്നവരുണ്ടോ ഈ പറിക്കുന്നവന് ആ പറിക്കുന്നവനെന്താക്കി ഒരു കറം കണ്ടപ്പി ഇലാൽ ഒരു ഡോക്ടറെ കൈപ്പൊക്കിട്ട് രോഗിനെ കൊല്ലണമെന്ന് ഭൂതി വെച്ച് നോക്കാം ഇത് ഡോക്ടർ ഒന്ന് അറസ്റ്റിലാക്കണം ആരാണ് പച്ചമരുന്ന് കറിക്കുന്നവര് കശാത്തി ചേർക്കുന്നവരുന്ന് അപ്പൊ എന്താക്കണം ആ കശാതി ചേർത്താൽ അത് തന്നെയാണ് ഡോക്ടർ ആദ്യം നോക്കി തീരുമാനിക്കണം സാധകതയ്ക്ക് കൊടുത്ത് ആളും തടിച്ചു കൂട്ടി അച്ഛനും കുടിച്ചു നോക്കുമ്പോഴൊക്കെ രോഗി വെച്ച് പേരൊക്കെ ഉണ്ടായി അച്ഛാ നമുക്ക് ഹിരാക്കും പറയും കുറിച്ചു കൊടുത്ത് ആ ദവാറിച്ചുകൊടുത്ത് എങ്ങനെയാണ് ആരോഗ്യം ഇല്ലേ ഉള്ളു ഒന്നില്ല അതിനൊന്നും ചെക്ക് ചെയ്തൊന്നും ഇല്ല സാധനം ഒന്നും അറിയില്ല ഇതിനെ കുറിച്ചൊന്നും നമ്മൾ തീർക്കി കൊടുത്തത് ഭഗവല ഞാനിപ്പോ ഈ ഡോക്ടറാകുന്ന തദ് അറിയില്ല ഞാനിപ്പോ ശക്സം ആ ശരിയായ മരുന്ന് ഏതാന്ന് ഞാൻ അറിയില്ല കേട്ടിട്ട് വരും നല്ല നല്ല അശാബ് എന്നിട്ട് അശാബ് കൊണ്ടപ്പോഴത്തെ ഞാൻ തകരിതാക്കിയത് ഇതാ കൊടുക്കുന്നത് ഡോക്ടർ സഞ്ചുകൊടുക്കുന്നേ മാഫി അലാഫുല്ല രോഗി മരിക്കാനുള്ള മരണം മല്ലനങ്ങൾ ചേർത്തുള്ളൂ മരണങ്ങൾ അതിന് വെച്ചം കൊടുക്കും വകുവയ പോലോ എന്നിട്ട് പറഞ്ഞ ആദാമത്തൊക്കെ കഥ ഇങ്ങോട്ട് പറഞ്ഞ മരിതാണ് എസ് ടി ആ സമീപ് മതി സമീപ് എന്താക്കണം മതി കുടിപ്പിക്കാൻ കുടിക്കുമ്പോ പോയോ ഇരിക്കും അപ്പൊ രോഗി കുടിച്ചതിനോട് രോഗി മരിച്ചു ആരസ്റ്റിലായി ഡോക്ടറെ അറസ്റ്റിലായി എന്തോ ഡോക്ടറിന്റെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ പരിചയപ്പെട്ട മരുന്നുകളാണ് വാങ്ങി എന്നിട്ട് ഡോക്ടറൊക്കെ വേദനിക്കുന്നില്ല ഇന്ന വരുന്നവരുമായിരുന്നു മറ്റോരെന്തോ കലക്കി കൊടുത്തു അതുകൊണ്ടാണ് ഈ കുറിച്ചത് ഇപ്പൊ കണ്ണട നീ കൊടുത്താൽ എന്താ ഡോക്ടർ കൊണ്ടൊക്കെ ഉണ്ടോ വന്ന കണ്ടോ അതേ നമ്പർ തന്നെയാണോ പരിശോധിക്കായിരുന്നു അയാളെ പേ പരിശോധിക്കണമല്ലോ കോടേതോ നമ്പർ എടുത്തു കൊടുത്താൽ അതോട് ഭൈന്നഹോ ലായുധാവി ഇല്ലാതുമായി അഴിപ്പു ശസ്സഹോ അയിനഹോ ഇന്ന രോഗം ഇന്ന മരുന്ന് ഇന്നതാണ് സാധനം എന്ന് അതിന് അറിയാത്ത കാലത്തോളം ചികിത്സ അതിനോട് കാരണം പക്കഥാ ലിക്ക് ചെയ്തു ഇതുപോലെ തന്നെ എന്ത് കാര്യത്തിലും ദൗക്കില്ലാത്താണ് ഇപ്പോൾ ഇവറും തക്കൽ തമ്മിൽ നടക്കുന്നത് ഒരു പല തെരീക്കും പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കുത്താബ് നോക്കിയിട്ട് അഫ്വാ നേരെ ശേഖന്മാരുടെ ഫോണിൽ കൂടി കിട്ടിയതല്ല എന്നാൽ കസത യുറപ്പിൽ മുനീതിനെ ഇരുമ്പിട്ട് നിറവിയെ തിരിച്ചെത്തേജാ എന്റെ താലിബൽ ആ സായക്കണ്ടാക്ക പേരും പെരുമാറെ താലിബാത അവിടെ ഷെയ്ഖനുണ്ട് മോനെന്ന് പറയുന്നേ പറ്റൂലിക്കുമെന്ന് അയാളെ തുടർന്നാണ് ഹലാത്താക്കിയിട്ടുണ്ടാകും ഈ താലിബിന്റെ മൗര്യം മസ്തർ മസ്തർ എന്നാണ് മൗര്യം എന്ന താലിബ് എന്ത് ആവശ്യത്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ എന്തും വാങ്ങിയിട്ടാണ് പോകേണ്ടത് വറദാ നല്ല വെള്ളത്തിലേക്ക് വന്നതെന്നല്ലേ ഇവിടുന്ന് പിരിയലിനാണല്ലോ സദറ എന്നു പറയുന്നത് അപ്പൊ മൗരിത താലിബ് എന്ന താലിബ് എന്താവശ്യത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തുമായിട്ടാണ് ഇവിടെ പോകേണ്ടത് അതൊന്നും ഞങ്ങൾക്കറിയില്ല പല ചെറുതാക്കും അറിഞ്ഞു വന്നിട്ട് ഇന്ന് വിജാസ്ത്വണമുണ്ടാവുന്നിട്ട് പറയുണ്ടായി ഇയാൾ വിജയസ്ത്വം അറിയില്ല സാധനം കണ്ടിട്ടുണ്ടാവില്ല എന്നാ വിന്നാ ചെല്ലിക്കോളി നിജാദസ്ത്വം ചെറുപ്പിച്ചു പറഞ്ഞ് ജെഞ്ചുലുത്ത് നിജാതോ എന്നാ ചെല്ലിക്കോളി ജൽജിലൂത്ത് അല്ലുക്ക് ജെല്ലാളാ അജവിപ്പേരുണ്ട് അജവിപ്പേരി അർത്ഥം ചെയ്യണോ എന്തായി സുമോ ോ ആദ്യം ചെല്ലണ്ടാത്തേറുന്നുണ്ട് ഇസ്ത്രീ പോരാണ്ട് എല്ലാം ചെല്ലിക്കത്തായുണ്ട് എല്ലാ ബാധകൽക്കാരെ ചെല്ലുണ്ടെന്നല്ലോ ആരും ഉണ്ടാക്കോ മോക്കലാത്ത എല്ലോ വന്നപാട് ചെല്ലി ഇവിടെയല്ല മോക്കലാത്ത് വിളിക്കപ്പെടുന്ന ജിന്നാരാണ് ചൈത്താണോ ജിന്നോ ഇഗ്രീസോ ആരെയോ വിളിക്കുന്ന ആരാണ് യാ എന്നിട്ട് വിളിക്കുന്നുണ്ടല്ലോ യാദിട്ട് അത് അനുഭവിക്കണോ പാമ്പോണ്ട് നല്ല കെട്ടി എടുത്തിയാളെ തന്നെ പാമ്പോണ്ടെല്ലിക്കട്ടാണ് ചെയ്യണം ഈപ്പത്ത് യാത്ര ഈ നാളെ ഞാൻ വയ്ക്കുന്നു അതിനൊക്കെ ആക്കിപ്പോ ആലോചിക്കുകയും അതിന് മുട്ടിട്ടുണ്ടോ അല്ല ഇപ്പോൾ എസ്റ്റെന്ന് ഡസ് ഭാഗ്യം പാമ്പോട് ലീഗ് എത്തിയാളെയ വ ബാങ്ക് പുക പോകുന്നതാണ് ബാങ്കിലുണ്ടോ എടുക്കുന്നത് നോക്കിലിപ്പോൾ പുക പോകുന്നതാണ് ഏതോ കടവ് കൊണ്ട് ചിറ്റാമായി വിളിക്കുന്നു മര്യാദ പോലും പല കുന്ത ശേഷി അപ്പോൾ ഒരു ശേഷി അമ്പിയ കടക്കുള്ള നീനുണ്ടാവണം ഒരു നബിയല്ലാതെയുള്ളു നീലിന്റെ രംഗത്ത് നബിജെ സ്ഥാനം തന്നെ അതിബായിന്റെ തതകീറും വേണം രോഗികൾ എങ്ങനെയാണോ ഇവർ കൈകാര്യം ചെയ്യുന്നത് അത് ഒരു അസിബായിട്ട് തതുങ്ങീർ വേണം അത് രാജാക്കന്മാരുടെ ഭരണ തന്ത്രവും ഈ മൂന്ന് ഉറങ്ങിച്ചുകൂടിയാലാണ് ചെയ്തത് ഇന്ന് പൈസക്ക് വങ്ങിയാൽ ജയിസാണ് ഇന്ന് പൈസക്ക് വയ്ക്കാൻ കുറച്ച് അത്യാത്ഥി ഉണ്ടായാൽ ചെയ്ത് So pues e ah േ ആ കഥഹൻ എന്ന് പറഞ്ഞാൽ അതാ ഹസിൻറെ ആ കഥ ആ കഥ കഥ നേരത്തെ പറഞ്ഞാൽ കണ്ണിൽ നിന്ന് ദുശിച്ച വള്ളങ്ങളൊക്കെ കളഞ്ഞിട്ട് ആ നീരെല്ലാം ചുട്ടിക്കളയുന്നതാണെന്ന് പറഞ്ഞത് അപ്പൊയാണ് ആസ്തൽ മായ മസ്തന്നാക്കാ പക്ഷേ ഹാരിലെ ദുഷിച്ച നീരുകളൊക്കെ തള്ളിക്കളയുന്നില്ല ഓടിക്കൊണ്ടുവന്ന് വൻ മുറാദു അന്നുഅഅിയെത്തി മറവിൽ ബസീറത്തി ഇവിടെ ശരീരത്തിന്റെ അല്ലെ ഭക്ത പറഞ്ഞത് കണ്ണിൽ അതുപോലെ ഓയനെ സംബന്ധിച്ചിടത്തോളം ബസീറത്ത ആ ബസീറത്തിനുള്ള പ്രത്യേക സുർമയും കണ്ണിന്റെ കാഴ്ചയും എന്തൊക്കെയാ വേണ്ടത് കണ്ണു നോക്കാൻ ആവശ്യമാണ് കണ്ണു ചികിത്സ വൃത്തി എടുത്തു വന്നിരുന്നു ഈ ബസീറത്താണെങ്കിൽ ഫാസിലത്തൻ പറ്റ ഫസാദായിപ്പോയി പൊട്ടിപ്പോയിട്ടുണ്ട് വിശക്കിന് ശെക്കു കുടുങ്ങിയിട്ടോ ആ കുപ്പത് കൊണ്ടോ നിഫാസ് കൊണ്ടോ എന്നാൽ കഥ ഹാടിയ ആ ബസീറത്തിന്റെ വിചാളെ മരുന്ന് വെച്ച് അതിനുള്ള എല്ലാ കുഷിച്ചതിലും കൊത്തുകളയണം അതാണ് ഈ പഹാദിനീ മാൻ ചീത്തയായ ചില വിശ്വാസങ്ങൾ വാഗുതലഹാദിനെ പകരമാക്കണം ഈ തുമെത്തിന്റെ ശരീരം നല്ല യക്കീം കൊണ്ടും തുമലീനെത്തൊണ്ടും അതിനെ പകരമാക്കി കൊടുക്കേണ്ടതാണ് അരഞ്ഞൂറിൽ കപീർ ഇത്തരത്തിലുള്ള തവാ ആരിക്കോ നൂറിൽ കപീർ കിട്ടിയാക്കേ ൂര പിന്നെ വിറത്തി ഒരറ്റ നോട്ടം കൊണ്ട് തന്നെ റനിയാക്കുമെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അബുൽ അബ്ബാസിൽ പറഞ്ഞില്ലേ എനിക്ക് മുരീതിന് കിട്ടിയ എന്റെ നോട്ടേ പോകുന്നുള്ളൂ അങ്ങനെയുള്ള നൂറും കബീറുള്ള ആളുകളൊക്കെ അത് നടപ്പുള്ളൂ എന്നാ പറയും ഇവന്റെ ആണെങ്കിൽ സഹിഹ തന്നെ അതിനെ കാഴ്ചണ്ട് പക്ഷെ ഇല്ല മസൂരത്തു പക്ഷെ അടക്കു സംഭവിച്ചിട്ടുണ്ട് ഹിസിന്റെ വറന്നു കൊണ്ടും വകുപ്പുകൊണ്ടും ആ മതുമുസത്തന്നല്ലെങ്കിൽ അതിന് ടംസ് വന്നിട്ടുണ്ട് ഇത് മസീരത്തിലുള്ള ഓരോ ഘട്ടങ്ങളാ പറയുന്നത് ഒന്ന് പച്ച പാറ്റിനായി പോയത് അല്ലെങ്കിൽ കാണുന്നുണ്ട് പക്ഷെ അടക്കിൽ അല്ലെങ്കിൽ ആ പച്ച കട്ടടിക്കും ഹരി കൊണ്ട് ജസ്റ്റ കൊണ്ട് ഹല കൊണ്ട് അക്ഷമ ഇതുകൊണ്ടല്ല മൊത്തം കൊസ്ത്താണെങ്കിൽ എന്ന് പറഞ്ഞാൽ ജവാബ് പറയുന്നു ജവാബ് അപ്പൊ ആരാമത് താരിക്കടങ്ങിയിട്ടുണ്ടോ അത് ആരാമത്ത് എന്താബിഹിറു ഭീമാ അത് സിക്കന്മാടുത്ത് വെച്ചിരുന്നു സിക്കന്തിരി മാം അറിയാമി പറഞ്ഞിട്ടുണ്ടത് സീമ തൊല മിങ്ക്രന്തിമാസീറത്ത് മിങ്കിൽ പച്ച കെട്ടടങ്ങി മൂടപ്പെട്ടു പോയാൾ അകത്തീം പറഞ്ഞിട്ട് കുറച്ച് തവണ അവസ്ഥയും പറഞ്ഞു ബാക്കി കീഴട്ടോ ബസീറത്തെല്ലാവർക്കും പണ്ടമാക്കൽ ആദ്യം ആണോ അവർക്ക് ആതിരി രണ്ടു മൂന്നാഴ്ചയ്ക്ക് ചർച്ച കഴിഞ്ഞു ബസീരത്ത് പച്ച അടങ്ങിയതിന്റെ തെളിവെന്താണ് ഇജിത്യാദിത്ത സീമാ മുമ്പല്ല നിനക്ക് ജാമ്യം ലിസ്റ്റപ്പെട്ട് കിട്ടുമെന്ന് സംഭവത്തിന്റെ വാഗ്ദാനം ചെയ്ത കാര്യത്തിൽ നീ കല്യാണ ഉം തീവണ്ടി വരെ കൊള്ളുന്നുണ്ട് തീവണ്ടി കയറിയിട്ടൊരു ബാച്ചില് വേറെ എന്ന ഏതോ തീവണ്ടി ഓട്ടം കൊണ്ട് തന്നെ നിന്നേക്ക് എത്തിക്കുമെന്ന് ഏറ്റതാ തീവണ്ടിന് വാച്ചിന് എന്താണ് നിന്ന് എന്ന് പറഞ്ഞാൽ നിന്നിലെക്കാ അപ്പൊ ആ തക്സീമൊക്കെ മീൻക നിന്നോട് ആവശ്യപ്പെട്ട നിന്റെ ഡ്യൂട്ടി ഉണ്ടല്ലോ ആ ഡ്യൂട്ടിയിൽ തക്സീബ് ഇതെന്താരുൺ അനന്തമാസം ബസ് ഇടത്ത് മീങ്ക നിന്റെ ബസ് ഇടത്ത് കുരുടായി പോയിരിക്കുന്നു എന്നിട്ട് തെളിവന്നാണ് ആ അടിസ്ഥാനത്തിൽ ജീവിതത്തു ഇത് ഭക്തിരത്ത് കുറച്ച് തോന്നിട്ടുണ്ടോ തോന്നീനെ പറയാം ഈ ശുചിത കുർബൂമിക്കാം ഏത് രംഗത്തും ഉള്ള ഹസ് മഹാരനെ നിന്റെ കരീപ്പാണ് എന്നുള്ള സുഹൃതാരാണ് അപ്പൊ ചെറിയ തമ്മിൽ ചെയ്യുമ്പോഴും അന്ന് കാണുന്നുണ്ട് അന്ന സാക്ഷിയാണ് ചെറിയ ദോഷം ചെയ്യുമ്പോഴും അന്ന് കേൾക്കുന്നുണ്ട് അന്നാലെ ചെയ്തൂടാ എന്ത് ഭക്ഷണം നമുക്ക് അന്നാലോട് പറയാം ഓനന്നെ മകത്തിൽ തോന്നി പറഞ്ഞ പുറത്തേക്കെല്ലാം പോകും ഈ സുഹൃതം കണ്ടാല് ഭക്തിരത്ത് അല്പം തോന്നിന്റെ അയ്യാ ആ ചിന്താഗതി അല്പം കൂടിയില്ലേ ബസീറത്ത് മറ്റ മൂടി കുഴിച്ചുപിടിച്ചത് പിന്നെ അയ്യവൻ ചിന്തിച്ചിട്ട് അവരെ ചിന്തിച്ചിട്ടത് ഒന്നേ പതിനെട്ടാമത്തെ പേജ് പറഞ്ഞിട്ടുണ്ട് ഇജിത്തിഹാദുൽ ഭരത്ത് മറച്ചെടുത്ത ലക്ഷണം അതിന്റെ ജവാബാണിത് ആരോ അവരെന്താകണം ചികിത്സിക്കണംവഹീദാകുന്ന സൊറുമ്പോണ്ട് ജീവിക്കണം കണ്ടുകിടുന്നവർ ഹത്തായങ്ങട്ട് ഉറപ്പ് വരട്ടെ പടക്കല് കൊണ്ടും തസ്വീറാക്കൽ കൊണ്ടും മുമ്പടി താഴെ ഏത് ഉറപ്പാണോ അതേ റബ്ബ് തന്നെയാണ് ഹവല്ലും കൊണ്ടും മുൻപതിനായ റബ്ബും ഓന്നെയാണ് സതിലാളും വാറാപ്പ് ഒട്ടുകൊടുക്കുന്നില്ല ആരാണിവ പഠിച്ച ഓന്നെയാ സതി അള്ളതാക്കിയതിനെ പിന്നുള്ളൂ ടെപ്പിലേക്ക് എത്തുന്നത് വരെ കണ്ട ഇതിൽ ഭാരം ഉണ്ടപ്പോ വാഞ്ഞകല ആരാ മരം നറ്റത് ഹത്താക്കിയ ഓന്നല്ല വെള്ളം നെച്ചൂടുന്നു തീരുമാനിക്കണം ഹൽക്കായി ആ രീതിയിൽ അവർ സൗകര്സിക്കണം ആരാ വായി കീറി വായി ഉറച്ചു കൊടുക്കുന്നത് ആരാ ആഭാശം പറഞ്ഞു ആമാശം ഉറക്കാനോടുത്തിട്ടുണ്ട് പൈസ ഒരു ഹമ്മും ഹമ്മും ജഗം ഭൗതും ഹലും പെരുത്തും തമറും എല്ലാം കൂടെ പോക്ക് പൈസ കൽഅാതും അപ്പൊ എന്തെല്ലാം പറഞ്ഞു ബസീറത്ത് പച്ച ഫാറ്റിതായി പോയത് പറഞ്ഞു മത്തുമൂസത്താ സനീത്തനാന്നത് പറഞ്ഞു മത്തുമൂസത്തായിട്ട് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞില്ലേ പക്ഷെ ഇവിടെ ഒരു ശിക്ക് വിട്ടുപോയ മതി വൈകാലത്ത് സനിയാതി ഇല്ലാണ്ട മസൂദത്തും മറദീൻ വൈബ്മെ അതിനെങ്ങനെ ജനിച്ച് കൊണ്ടാണ് പറഞ്ഞില്ല മാ പറഞ്ഞില്ല മത്തുമൂസത്തിന്റെ അത് പിന്നെ പറഞ്ഞില്ല അത് മത്തുമൂസത്തും മൂന്നാമത്തെ ഇതിനാണല്ലോ ആകെണ്ണം തുടന്ന് ഒന്നേക്ക് തുറക്കപ്പെട്ടത് അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചണ്ട് പക്ഷെ അടഞ്ഞുപോയി ചെറിയൊരു കാഴ്ചയുള്ളൂ മൂന്നാം മത പറ്റ മത്ത മൂന്നിട്ട് മറ്റ പാസി നാലിരല്ലേ വേണ്ടി നാലിരത്തിൽ ബിന്ദു പറഞ്ഞു പാസി പറഞ്ഞു പറഞ്ഞു പിന്നെ സഹിഹപ്പിൻ നാഗരത്തിനെപ്പറ്റി ഉപറൊന്നും പറഞ്ഞിട്ടില്ല ആരാ ജവാ വിട്ടുപോയ പറഞ്ഞിട്ട് മത്ത പറഞ്ഞു അപ്പൊ മൂന്നിര രണ്ടെണ്ണം പറഞ്ഞു വിട്ടിട്ട് നാലാമത്തെ പറയാൻ പോകുന്ന പോലീഹത്തിൽ ഇനി ബസീറത്ത് തുറക്കപ്പെട്ടതാണെങ്കിലോ സുഹാ ഉന്നൂറ് വന്നു ഇനി മൂന്ന് അത്തപരി ആണ് ആ സുഹാഅ അങ്ങനെ വരുമ്പോഴാണല്ലോ അവനെക്കുള്ള കരിപാട് എന്നുള്ള ആ ചൂതുണ്ടാകില്ല സുഹാവുൽ ബസീറത്തിന്നാ പറഞ്ഞത് പക്ഷെ ഇല്ല അനുഗ്രഹിക്ക അത് നൈഫാം സ്വ വളരെ ലൈഫല്ലേ എല്ലാ തട്ടത്തിലും മുക്കാളും അപ്പൊ മറ്റുള്ള നൂറിനോട് മുക്കാമ ചെയ്യാൻ ഇതിൽ സാധിക്കില്ല മറ്റുള്ള നൂറിന് മുമ്പിൽ ഇത് വാങ്ങിപ്പോകും അപ്പൊ ഹിസ്സിന്റെ നൂറ് കടപ്പൊ വന്നോ സൂര്യപ്രകാശത്തിന് മുമ്പ് ടോർച്ചെടുത്താൽ ടോർച്ചിൽ ലംഘുണ്ടാവൂല ഇതുപോലെ മനസൂസാക്കുമ്പോൾ പുറത്തു കിടക്കുന്ന ആഘാതം എന്താകും ഈ ശ്വാനൊന്നും കിടത്തിക്കളി ഇത് ചെറിയ ടോർച്ച് പോലെയാണ് അയനുൽ ബസീരത്ത് ഏതുപോലെ സുഹാബുൽ ബസീർ രണ്ടാം ഗ്രേഡായ അയനുൽ ബസീറത്ത് മൂന്നാം ഗ്രേഡ് ഹപ്പുൽ ബസീരത്ത് അപ്പൊ അയിൽ നിന്ന് കണ്ണിൽ നിന്ന് നിർത്താൻ പറ്റാത്ത ആറ് കയറും ആ ഇതിനോട് മുഹീത്തായ നൂർ അറുവിന്റെ അള്ളാഹുന്റെ ഇതുണ്ടാകുമെന്നത് നിന്റെ അടുവിനെ ഉണ്ടാക്കുന്ന അള്ളാറുവിന്റെ മാത്രം കണ്ടതിനാൽ നിന്റെ ഈ പറ്റ ഫലം ഐതവഹില്ല lakinna engilum nemjakkuma nooha adile nooha shakti kittilla hatta satatmin nooha muhidaayi muhitaaya noorumayi bandhapadana shakti kittilla maidaanure hathvan nooha aa noorumayi bandhapadana shakti indichu iniyum kittilla angana baadha hak haabinukum prothesathum undum ana thumodum hoyisile nooroha appanadile nooru theekatha binooru theborulett appanadhu hakal basirathile koodu അപ്പുൽ ബസീറത്തിൽ ശരി കൊന്നെ വിചാരിച്ച രണ്ടുരംഗത്തെ ഇതുള്ളൂ ശ്വാൻ ബസീറത്തിന്റെ ആണെ അരുൾ ബസീരത്തിന്റെ ആണെങ്കിൽ പണിയില്ല അപ്പുൽ ബസീരത്തെ അതിനെ ഗാസിമേ വന്നുള്ളൂ അതല്ലാതെ മവാഹിപ്പാണ് മത്താസിൽപ്പെട്ടതല്ലാതെ അപ്പണി ശരിയായ ജൂറിനല്ലാതെ പോറൊന്നും കാണൂല അഹീനതി അപ്പോഴാണ് കണ്ണിന് രോഗം മുഴുവനും മറലും മരുന്ന് വലിച്ചത് മൂന്നാം നിന്റെ ഉചോദ നിന്റെ അതിങ്ങനെയൊക്കെ ഒന്നും നോക്കൂല അള്ളാഹുന്റെ ഉചോദിനേക്ക് വാഹനം എടുക്കണ്ട മറ്റെങ്കിലും പല വക്കാളുണ്ടോ വഹാദാ ഈ പറഞ്ഞത് എന്താ പറയുക കൗളി ബിനാട്ട ഇല്ലാഹുന്റെ പൗരാണ് ഇവിടെ പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞത് ഏഷ്യോന്നില്ല അനീഫ് എല്ലാം പിന്നെ അപ്പൊ അവിടെ അയിനു ഹാദ കണ്ണ് വച്ചൊക്കെ അയിനുജക്കിൻ്റെ കണ്ണ് നിർത്തുമ്പോൾ മൂന്ന് ഗ്രേഡ് സ്വാൽബരത്ത് അയനുബീറത്ത് ഹോൽബറത്ത് ഇവിടെ ദൈപ്പത്തിന്റെ സ്വാൽബത്തിലും അയിനുബരത്തിലേ കുറഞ്ഞുള്ളൂ അപ്പൊൾ ബസീരത്ത് തനിച്ച് അവിടെ വന്നു അപ്പൊ അവക്കുരുസഫിൻ അത് ഹാദ് ഹിക്കുമെന്നായി ചോദിക്കുന്നില്ലേ കൂടുതലും പറഞ്ഞ ഒരു മനുഷ്യൻ സർ. കൊളോഹും മമാസ്താനീനും നആറാദാൻ നസേല നാമു തയ്യകൂന ജാമിഅൻ ലുറുബിൽ മുആമലതി മുആമലൻ ദീനോബൻ ഇല്ലം അയാന അഡ്ജീകണം അയാട് മെഡിക്കൽ കോളേജിലെ ഹെഡ് ഓഫീസറാണല്ലോ ആ അങ്ങനെ ആയിക്കണം ആരിബം യദനിയത്തിൽ അംബാലി എല്ലാ രോഗങ്ങളും ഏതു മുറിദും വരുന്നത് നോണ്ട ലോകംതാണ് അതിനെ വർണന്താണ് എങ്ങനെ പ്രയോജിക്കണം അറ അൽ ജാ അംവാനാ അർസനാ അന്തിഹാ രോഗങ്ങളെ നവവുകൊണ്ട് ചിലപ്രകത്തിൽ യോ മാറ്റാം ചിലപ്പോൾ ദുഞ്ഞാക്ക് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ദുഞ്ഞാക്ക് കുറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഉള്ളായിട്ട് അത്യാഗ്രഹം ഉണ്ടായിരിക്കും ചിലർ ഉണ്ടായ നിംസാംഗം ഉണ്ടായിരിക്കും വളരെയേറെ എത്തരത്തിൽ അയാളെ ഒന്നിച്ചു വെക്കണം അവർക്ക് പൊക്കത്തെ ഈ ആധാർ കാലത്ത് പൊക്കത്തിന്റെ ലഹരികളാണ് ഇയാൾക്ക് ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം ഇയാൾ പക്ഷേ അതിലൊക്കെ ശക്തിമാക്കി വെച്ച് യോഗ്യനായ സർട്ടിഫിക്കറ്റ് കൊടുക്കണമാതിന്റെ പന്നിന്റെ അഴുകാർ അയാൾ തിരക്കുള്ള ചാപ്പരുമാനുസിനോ അബ്ദിപ്പറത്തോന്ന് പറയണ്ടല്ലോ ആ മൂപ്പറത്തെ വയ്ക്കോളി മൂപ്പറക്യാളാണ് പ്രശ്നം ചാപ്പറാടിക്ക് ഒഴിക്കോളി മൂപ്പറീഷ്ടത്തിന്റെ അടപിക്കൊള്ളി അതെ പണ്ണിന്റെ അഴുകാളെന്താ വെച്ചല്ലോ അതാ അല്ല ഈ പറഞ്ഞത് ഏത് അഹലുൽപക്കത്തിന്റെ തക്കതീമോ അഹലുൽപ്പന്നിന്റെ സഹാദത്തും രണ്ടേ പറഞ്ഞാൽ അതെല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ലെന്ന് പറയാം അത് കാലുകൾ ഉണ്ടാകാതെ ഉള്ളു ചിലപ്പോൾ കമൂലാക്കി കിടക്കുന്ന കൂടുതലുണ്ടാവും ആ പണ്ണിന്റെ അഹലുകാർക്കും അറിയില്ല അതാ നാട്ടുകാർക്കോ ഒന്നും അറിയില്ല ഇങ്ങനെയാണോ അതിന് കിടക്കുന്നുണ്ടാവും അങ്ങനെ ആ പറ്റുവിനെ അതാ പറഞ്ഞത് വഹാദാന്ന് പറഞ്ഞത് അത് കത്തമഹു അഹുരുഭക്തി എന്ന ആ സ്ഥാനവും വശഹിതനഹുവിതാ അഹുരു പന്നി എന്ന് പറഞ്ഞതും കഥരാശലപ്പം ശൂല എന്തുകൊണ്ട് അധിയുംങ്ങനായാലും അള്ളാഹു വെച്ചാൽ അത് അതല്ലേ എപ്പൊ ശബ്ദമാക്കണ്ടെന്ന് പറയുന്നു ഒന്നാമതാലും ശേഷി ബാക്കിയുള്ളതും പറയുന്നുണ്ട് رضي الله راضي عن رضاك منك انا جاءني نص او قراءتين സൈഫിന്റെ അഹബാദിനെ ഇനിയും ബാക്കി പറയാനുണ്ടെന്നാ പറഞ്ഞു ഞാന് അഷാപാകണം പിന്നെ പറഞ്ഞ സൈദലാനി ആകണം കാൻഷാ സൈദലാനി പച്ച മരുന്ന് ഏതാണ് ഏതെല്ലാന്ന് അതിന് പ്രത്യേകതയെന്നുണ്ടെങ്കിലും ഇനി പറയണോ മരുന്ന് എന്താന്ന് കണ്ടാൽ തിരിവന്നല്ലോ അഷാബ് എന്ന് പറഞ്ഞു സൈദലാനി എന്ന് പറഞ്ഞാൽ അതിന് ഫാർമിസ്റ്റ് അത് മരുന്ന് കൂട്ടിച്ചേർത്തിട്ട് ആ മരുന്ന് എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ ലേഹി ഉണ്ടാക്കാം എങ്ങനെ എണ്ണ എങ്ങനെ മരുന്നാം എന്തെല്ലാം പറഞ്ഞിട്ട് മരുന്ന് ഉണ്ടാക്കലാണ് ഇത് സൈതലാലീനും പിന്നെ കഥഹൻന്ന് പറഞ്ഞാൽ കണ്ണിന് പ്രത്യേക ചികിത്സ ഇതിനകത്താണ് കഥഹന്ന് പറഞ്ഞു മാറസ്താനി എന്ന് പറഞ്ഞാൽ എല്ലാ ചികിത്സക്കും ആര് വന്നു ചികിത്സയ്ക്കില്ലാണോ മടക്കാൻ പാടില്ല പോളി ക്ലിനിക്കും പോളിന്നില്ല എല്ലാ എല്ലാം പോളിന്ന ജമീൻ എല്ലാ എല്ലാത്തിനും പറ്റുന്നില്ല ആ അങ്ങനെ അതെ അപ്പൊ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്ത് കാനം കിട്ടൂല എന്ന് പറഞ്ഞ കാര്യം അയാൾ ആരായിരിക്കണം അല്ലെന്ന വിശദീകരണങ്ങളെല്ലാം പറഞ്ഞു എല്ലാ ഉദാഹരണങ്ങളും കാനന്റെ കവർന്ന് കത്തിക്കുന്നു കാനാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ അയാൾ ഏറ്റവും മഹാറത്തുള്ള ആളാകണം ആറാന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ബാധിക്കുന്ന വിവിധങ്ങളായ രോഗങ്ങളാണ് ഇത് ആറാന്ന് പറഞ്ഞത് മാറി മാറി വരുന്ന പല രോഗങ്ങളും ഒരു രോഗം പോകുമ്പോൾ മറ്റൊരു രോഗം രോഗം ഇങ്ങനെ അഹലാത്ത് എന്ന് പറഞ്ഞാൽ വാദം വിത്തം കവം ഇത് കൂടിക്കലന്നിട്ട് ബാച്ചിനുള്ളി ഇങ്ങനെ പല ഇനങ്ങളിലേക്ക് അറിയുന്നുണ്ടല്ലോ അത് ഏഴാണ് നമുക്ക് ചികിത്സ വസൂലിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ രണ്ട് വിഷയങ്ങളിൽ ആരായിരിക്കണം ഇയാൾ ഏറ്റവും മഹാറത്തുള്ള ആളാകണം ആരേക്കാള് രണ്ട് ലോക പ്രസിദ്ധരാണ് രണ്ട് വൈദ്യന്മാരാണ് അസ്കലാ ജാലേനൂസ് ഒരാള് അല്ല മറ്റൊന്ന് ബുക്കറാഫ് ആ ബുക്കറാത്ത് രണ്ടാളാകണമെന്നർത്ഥത്തിനല്ല അവിടെ ആകുട്ടി പറഞ്ഞതിനെ പത്തിയൊക്കെ പറഞ്ഞതാണ് മിന്നസ്കലാ ജാലേനുസ് ഒന്നെങ്കിൽ അയാളെപ്പോലെ ആ ബുക്കറ ഏതെങ്കിലും ഒന്നേകംപാടുള്ളക്കല്ലത്യൂസ് അതുപോലെ ബുക്റാത്തിനെ പോലെ അവരെക്കാളും മാര്യങ്ങളാണ് ഈ വിഷയത്തിൽ അതായത് തിബിന്റെ വിഷയത്തിൽ അവർ എത്രത്തോളം പ്രഗത്ഭന്മാരാണോ അതിനേക്കാളും മായതാവണം നമ്മൾ ഈ വിഷയത്തിൽ ഈ ഷെയർ ആ തമസൂർ ഓഫ് ഇഷി എന്ന് പറഞ്ഞ എന്താ തൗസിൽ തമസർ ഉണ്ട് തൗസി അത്ര കൊണ്ടു അതിന് എന്നാണ് തമസ് മാഹിറാകർത്ഥം എന്താ പറയുക നെയഹിന്യം നേടുക വൽമാറു എന്ന് പറഞ്ഞാൽ എന്താൽവാസിൽ വളരെ വിഷാദതയുള്ളതേ രീതി തന്നെ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നല്ലോ അർത്ഥം ഒരു വിഷയത്തിൽ കൂടുതൽ പാട്ടിക്കുന്നതിലെന്ന് പറയാൻ മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മിൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ആണെന്ന പിന്നെ പെണ്ണിന്റെ ടീച്ചർന്ന് അറിയാം രണ്ടും തെറ്റം മാത്രം പഠിപ്പിക്കുന്ന ചെറുത്തില്ല ആണാകും ചെറുത്തില്ല ടീച്ചർ എന്ന് പറഞ്ഞത് കൊണ്ട് പണ്ണാതെ ചെറുത്തില്ല ഇല്ല ജഡ്ജി എന്ന് പറഞ്ഞാൽ പണ്ണാവുന്നില്ല അപ്പൊ പിന്നെ ആണാ ആണാകും ജഡ്ജന് ഇല്ല അതെന്തുണന്ന് തോന്നലോ അതല്ല വിദ്യാർത്ഥി എന്ന് പറഞ്ഞ ചെറിയ കുട്ടിയാണോ എന്ന് ചെറുത്തുണ്ട് നിങ്ങളെ വാക്കിയിൽ ബലിയാടായ അസീസ് തന്നെക്കായുള്ള വിദ്യാർത്ഥി എന്ന് പറയാൻ പറ്റൂല അപ്പൊ വിശാലതയുണ്ടാക്കി പറയാണ്ട് ഹരി പ്രയോഗിച്ചത് قرآن قدرنا مهراء بكده سفرت الكرام المرايا ملايكتين ونطماغونون نشانده اي المعاصع فيه تله قرآن هفلاء كن بشاكلنا اللي مشارده او علمه اللي, علم اللي علم لون مولون لون مولون لن لن القرآن انتهى علمي لغشاته لشارده لانتم برياء مهرون هفلاء من اللي وان برشدنده؟ اللي القرآن انتهى حلوان ما قلت؟ لان ايكي جارنجنده؟ يعني في الاهران انتهى അംഹറഫിൽ അത് അപ്പോ ആ മാഹിന്റെ ഡിസ്മുത്തീലാണ് അംഹർ അപ്പൊ ഏറ്റവും വിശാലത്തിലുള്ള അളന്നായി അറാമെന്ന് പറഞ്ഞാൽ അറബിന്റെ ജംആാ അതിലപ്പുറം എന്താ ഉള്ളത് ആ വഹുവമായിരുന്നു നാടി വമാഅ അത് ശരിയുള്ള വഹുവ എന്ന് പറയണം എന്തെന്ന് ശരിയെന്നല്ലോ വഹുവ ഈ അറബെന്ന് പറഞ്ഞാൽ ബദനിനിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്ന സാധനം മിന്നക്കേ രോഗങ്ങള് വേദനകള് തറാറത്ത് ചൂട് ഊറൂതക്ക് തണുപ്പ് ഇങ്ങനെല്ലാം മാറി മാറി വരത്തില്ലേ അതിനാൽ മിമായ ദല്ലോ അനഅുജോതിൽ മറന്നീ മറന്നിന്റെ മേൽ ധനാരത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ ശരിക്കും അല്ല മേൽ ധനാരത്ത് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ മാത്രമാണ് ഈ സാധനങ്ങളൊക്കെ അതിനാൽ ഹോമിയോക്രമം ഈ കാണുന്ന ലക്ഷണങ്ങൾ മാത്രം മാത്രമാണ് രോഗ ഇതല്ല അതിന്റെ പിന്നിൽ മറ്റൊരു രോഗമായിട്ട് മറന്നു നടക്കുന്നുണ്ട് ആകാ ഈ പറയപ്പെട്ടത് ഇൽമത്തിപ്പിലാണ് ഈ അർത്ഥം ഇതിന് അറിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിക്ക് വേദന കടച്ചത് വീക്കോം ഇങ്ങനെ ചൂട് തണുപ്പ് ഇങ്ങനെ മാറി മാറി വരുന്ന അവസ്ഥകളായിട്ട് വോക്ക് അല്ലെങ്കിൽ മല ഉറച്ചുപോക്ക് ചർതി ഇങ്ങനെയുള്ള വിധങ്ങളായ അറിവുകൾക്കാണ് ഇൽമത്തിമ്പിൽ അറിവ് എന്നാൽ വഹുവാ ഇന്തൽ മുത്തക്കലി മുത്തക്കല്ലിമീങ്ങൾ എടുക്കൽ അമ്മ മിന്നാളെ ഇതിനാൽ കാണാൻ അമ്മമാണേത് ജൌഹർണ്ണ മുക്കാബലിയിൽ അറുപറിയത് ജവഹർ അറിവ് നമ്മൾ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ജൗഹറും ഒമ്പത് അളവുകളും കൈഫ് കമ്മിനു മത്താ ഇംഫിയാൽ ഒമ്പത് അളവ് അത് അതിനൊക്കെയാണ് വിശാലം അപ്പൊ അവർ പറഞ്ഞ കൂട്ടത്തിലുള്ള കൈഫേന്ദ്രി വരുന്ന ഇവിടെ അഹ്വാൻ ചെയ്തുള്ളു ദിബലി ഐന കൈഫ മത്താ ഫേല് പിന്നെന്തെല്ലാം കമ്മ കമ്മ്യാ കമ്മ ിൽ ഹൈന മത്തേലിംഷാല് മിൽക്ക് ഇതാ ഈ ഒമ്പതെണ്ണമാണ് ഏലി മുത്തക്കല്ലി മിങ്ങിടക്കൽ എണ്ണം അറിവ് അപ്പൊ ലോകത്തിലുള്ള ഏ ഒരു സാധനവും ഒരു ചൌഹവും ഈ പറയപ്പെട്ട ഏതെങ്കിലും എണ്ണോ ഒന്നിലധികമോ അറിവില്ലാതെ കണ്ട് ലോകത്ത് ഒരു സാധനം ഒഴിവില്ലാന്നാണ് അതിനകത്താണ് അമ്മ ആ ഇനങ്ങളിൽപ്പെട്ട ഒമ്പതിൽപ്പെട്ട ഓർ ഇനം മാത്രമേ ആരുണ്ടെന്നുള്ളൂ ഈ ഇവിടെ ഉണ്ടെന്നുള്ളൂ ഇതെല്ലാം ഏതായിരിക്കും ഒന്നിക്കത് ഇംഫിആാരായിരിക്കും അല്ലെങ്കിൽ കൈഫായിരിക്കും ആണ് ഇൻഫിആർ ഉണ്ടാവും എന്താക്കി വിഷം കുടിച്ചപ്പോ ചർദ്ദി വന്നു ചർദി ഇൻഫിയാർ എന്ന് പറയും ഏത് ഈ വിഷം കുടിച്ചത് ഞാൻ ഉണ്ടായാൽ അല്ലെ മറ്റിൽ ശരീരത്തിന് പെടി വന്നപ്പോ ചൂട് എന്താ കയ്പാം ഇൻഫിയാർ അല്ല കയ്പാം ചൂടോ തണുപ്പോ ഞാൻ പഞ്ചതികളിലെ കൊണ്ട് തൊട്ടോ അറിയാന്ന് ദേശീയത്ത് മഹസൂസത്ത് വൽ അഹ്ലാത്തോ നബ മറ്റോട് ജവഹറിന്റെ മുഖാബിലിരിക്കും ഇറന്നു പറഞ്ഞു അതിന് അമ്മ കുറെ അധികം ഉണ്ട് അഹ്ലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ മതി ആ നാശിയാത്തിൽ മുസ്തലിഫത്തി വിവിധങ്ങളായ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കുടിക്കുന്ന ഈ പറ്റാത്തവർ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചപ്പോൾ എന്താ അറിയോ അത് ഞാനുണ്ടാകുന്ന പല ഇല്ലത്തുകളും മുട്ടലാണ്ടായിട്ട് വയറ്റിനുള്ളിൽ നിന്നുണ്ടാകുന്ന അതാണ് അഹ്ലാത്ത് എന്നൊരുമിച്ച് കൂടിയ ഇരലുകൾ അതോർന്നു അക്സരാജാലെന്ന് പറഞ്ഞാൽ പറയുന്നു ولا من مفتوحة منذورة أثقلاء فنودي من مفتوحة جاء وفضله لا من مفتوحة جاء وساكنة جاء ساكنة جاء الي ثم نور مضمو من نوم ثم سيين ساكنة جاء الي نوس أثقل جاء الي نوس إننا نضحتنا سيجاء فيه هذا الهل يسم حكيم من الجوان جوانان حكيم دبيران نوردين ണ്ടല്ലോ വാർത്തീലാക്കിമാന്റെ പോട്ടാലും വെച്ചിട്ടുണ്ടാക്കല് ജീവിച്ച ചിത്രം പുറ സൂപ്പി എന്ന് പറഞ്ഞാല് ഈ അയ്യപ്പ സ്വാമി സൂപ്പി തന്നെയാന്നല്ല എല്ലാം ഈ സ്വാമിമാർക്ക് സൂപ്പി അത്ര തന്നെയല്ലേ ഓറെ സൂപ്പി തന്നെയല്ലേ ഹിന്ദുക്കളന്നെ അന അഖീമന യൂനാനി വർച്ചാല അബ്രഹിയ അജ്മൽ ലഗീരി യൂനാനി വർച്ചാ കുർന അതികിൻ ഹകീം ന ഹകീം അതികിൻ കൊടുക്കുന്നു ഐതുകും പഠിക്കാം വകഴാലികു ബുഖ്വാത്തു എന്ന് പറഞ്ഞതെങ്കിൽ റമ്മിൽ ബായിബു വസുകൂനിൽ കാഫി ബുഖ് ബുഖ്റാത്തു നൽ ഫൈലസൂഫിയൻ ഹകീം അൽ ഫൈലസൂഫിയൻ ന ഹകീമായ വകാന അവർ രണ്ടാള വായിരുന്നു മാഹിറൈന ബി അൽമി തിബ്ബ് അൽമി തിബ്ബ് ഓടന്ന മാഹിരീകളായിരുന്നു അപ്പൊ ഇവിടെ അംഹർ എന്ന് പറഞ്ഞെന്താ ഇസ്മു തഫ്രീ തഫ്രീലാണ് അംഹറം അപ്പൊ ഇവരേനാക്കാൻ ഉഷാറാവണമെന്ന് പോകുന്നത് അത്തുഫാണ് എന്തിനാ പറഞ്ഞാൽ അസഫിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വഅഹറാന്ന് പറഞ്ഞി വരും വഖാന അശാബൻ പിന്നെ അവന്റെ മാനാക്കാൻ ഒന്നിക്കൽ അയാളെപ്പോലെ അല്ലെ ഇയാളെപ്പോലെ എന്നല്ല രണ്ടു അതിന് കുഴപ്പമില്ലാന്ന് അപ്പൊ മാണിയത്തുൽ ഹൊലുബിന്റെ അവണിയത്തുൽ ജമാനവസരത്തിലെ അതോ ഇത് രണ്ടാമൊന്നേ ഒറ്റ വിമാനൽ ഭാവി പിന്നെക്കാളും ഓർ തിലെത്രമാതാണോ അതിനേക്കാളും ഈ അഖീമി ശരിണ്ടാവും ഈ ആറാദ് എന്ന് പറഞ്ഞു നമ്മളെ ഇതോട്ടിപ്പിക്കണ്ടെ ആ അക്കുല്ലേ മുനീതം മാർഗിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് രംഗത്ത് മിനൾക്കവാ അതിനെ വഴിമടക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിത്തീരും വർഷമാകല് പലതരത്തിലുള്ള ചുവലുകളും ഏത് വരക്ക മൈലി ദിയാകത്തിൻ്റെ ദിയാകത്തിനും ജാഹിനും വേണ്ടിയാ ചാജു പോയി ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുമ്പോൾ അവരിയാക്കത്ത് വന്നു അങ്ങോട്ട് ചാജു വൈസാവിലേക്ക് ിൽ മറാട്ടിക്ക് പല വർത്തവത്തിന് മലയാള നന്ദിക്കപ്പെട്ടു പോയി കവിലക്കമാരി അതിന്റെ പൂർണ്ണദത്തിന്റെ ഉൾപ്പെട്ടായിട്ട് അത് ശരിക്കും നമ്മളെ ഈ വിഷയത്തിൽ വഴിമുടക്കാനുള്ള തടസ്സം വന്നിരിക്കുന്നു മുപ്പത്തിയേഴ് ശേഷം കൈക്കോട്ട് അത് ഒരു തരം അറുവാം വക്കമൈലിന്താക്കി ചാഞ്ചു പോയി കവിമാരി ബക്കാൾ പൂർത്തിയാണു മുമ്പും ഋഷി ദുന്നതിന് മുമ്പായി സാഞ്ചുമായ വിതികയുമാകും അങ്ങനെ പലതും മിമ്മായ സേർണത്തോട് തടസ്സമുണ്ടാക്കുന്ന പല കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് ഇയാൾക്ക് ബാധിച്ചത് അതെങ്ങനെ മോചനം നേടാം ഇതാണ് ആരാധ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഉദ്ദേശ അഹലാത്തോ വിധങ്ങളായ ഭക്ഷണം കഴിച്ചു ഇങ്ങനെ പല മിക്സഡായി സാമ്പാർ പോലെ ആയി പോയില്ലായിരുന്നു അതിന് പല തൊക്കെ ഉണ്ടാകും ആഗ്യാസുരുഭാഗത്തേക്കൂടി മറ്റേ പാഞ്ചികൂടി ചതിക്കാൻ പറ്റിപ്പുറത്തേക്കൂടി ശ്രീണപ്പുറത്തേക്കൂടി ഇടാണ്ട ബസ് അപ്പ് പൊട്ടുന്ന പോലും തല ചുറ്റുന്നു പോലും അൽ ഹവാറിയ റദി അത്ത ചീത്തയായ പലതരത്തിലുള്ള ഹവാറ്റലുകളാണ് ഇത് അഹ്ലാത്തോട് ഉദ്ദേശിക്കുന്നത് അല്ല അവിടെന്നെല്ലോ നോക്കിയിട്ടും കണ്ടിട്ടും കണ്ടതിരിക്കും കേട്ടിട്ടല്ലേ വന്നിട്ടുണ്ടോ ഒന്ന് കണ്ടുപോയി അത് ഒരാളൊന്നും പറഞ്ഞിട്ട് വിട്ടുപോയി ഇതെല്ലാം കൂടെ മനസ്സിൽ കിടന്നിട്ടുണ്ടായി പോലെ ഹവാത്തിലും ഉണ്ട് താഴ്ന്നതായ മക്സൂദുകളും അപ്പൊ നബ്സാനെത്തി മനുഷ്യന്റെ കൽവിനുള്ളിൽ വരുന്ന നാലുതര ഹവാത്തിലാണ് ഇതല്ലോ നബ്സാനി ഷൈഫാനി മലക്കാനി റബാന ഹരീഫിന് ആകെ രണ്ടേ പേരുണ്ടോ ഇതല്ലോ മലക്കിയും ഷൈഫാനിയും അതിനൊക്കെ റബ്ബാനിയും നഫ്സാനിയും സോഫ്യാകല കൂട്ടിയാണ് അതുകൊണ്ട് അതിനോട് പരസ്പര ബന്ധമുണ്ട് ശൈതാനും കൂടെ ചിലപ്പോൾ എന്താവും കുച്ചൊക്കു റബ്ബും മലക്കും തമ്മിൽ കുച്ചൊക്കു അപ്പൊ വാസ്യത്തോട് കൂടിയാകുന്ന അവസരത്തെന്തായി നഫ്സാനിയായി വാസ്യത്തോട് കൂടി മലക്കാനിയോ റബ്ബ് വാസ്യത്തെ ഇല്ല എന്നാണെങ്കിൽ റബ്ബാനിയും വാസ മലക്കാനിണ്ടോ അല്ല മറ്റേ ശൈതാനി അപ്പോ ഈ തരത്തിലുള്ള ഹവാത്തിലെല്ലാം അറിയണിയാൽ മനസ്സിന് വന്നത് ഏത് ഹവാത്തിൽ ഉൾപ്പെട്ടതാണ് എന്തിനെ നടപ്പാക്കണം എന്തിനെ തള്ളിക്കളയണമെന്ന് പ്രത്യേക ചെയ്യണം വയക്കോ മേത്തരമായ മക്സൂദുകൾ താഴ്ന്ന തരത്തിലുള്ള മക്സോദുകൾ എന്തൊക്കെയാണ് മുനിവച്ചതെന്നറിയണം വരുമീയത്തികളാലും താഴെ താഴെ ഹിമ്മത്തുകളാലും എന്തുണ്ടായി എന്നറിയണം ചികിത്സിക്കണം അഹ്ലാത്തിനത്തൊട്ട് അഹ്ലാത്ത് പോയി ഹവാസാണെന്ന് ഉദ്ദേശിക്കുന്നു കൽപ്പിൽ കടന്നുകൂടെ വസാവിശ്വനാണിത് അഹ്ലാദ്ന്ന് പറഞ്ഞത് അതങ്ങ് ബിജറിന്റെ കൽപിലേ ചികിത്സേണ്ട രീതിയാണ് ബിജംഇന്റെ താലൂക്കടുത്തേക്ക് ആജുഹുവി അള്ളാഹുവിന്റെ മേലിൽ അവന്റെ കൽപിനെ ജമ്മു ചെയ്യല് കൊണ്ടു ചികിത്സിക്കണം അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് അള്ളാഹുവിനേക്ക് കൽപ്പിനെ വലിപ്പിക്കുക വലു കൈപത്യം മാസിബാ മാസിബാൻ തൊട്ടല്ല പനാഴുകൊണ്ടും കൽവി അലദ്ധ തായ്മയായിക്കൊണ്ട് തപറ കൽവിന്റെ പനാഗണ്ടാക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കിക്കൊണ്ടായിരിക്കണം എന്തിനു ചികിത്സിക്കണ്ട അഹ്ലാത്തിന്റെ ചികിത്സിക്കണ്ടത് ചീത്തയായ മക്സൂദുകളുണ്ട് താനെൽ ഹറോഫ് നഫ്സിന്റെ ഓരോ ഹന്നുകളോടുള്ള ഇഷ്ടം അതുപോലെ തലബിൽ ഹുറോഫ് ഹുറോഫെന്ന് വെച്ചാൽ ഓരോ ആനുകൂല്യങ്ങൾ എന്തോടി കുടിക്കലി അതും നെഫ്സിന്റെ ആർന്ന ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇന്ന് ആനുകൂല്യം കിട്ടണം ഞാൻ രാത്രി കഴിച്ചാൽ പൈസ കിട്ടണം തോന്നല് ഒരു നെഫ്സിന്റെ ഒരു ഹർന്നിന്റെ അവർ ഇന്ന് നെഫ്സിന്റെ അന്ന് ചോറേക്കിലൂട്ടിക്കോ അവിടെ നിന്നാണ് അവരാനുകൂല്യം കിട്ടലും കൂടി അതിനെ ചികിത്സിക്കണ്ടെങ്കിൽ ബിദ്ധരാലിൽ അപ്പൊ ബിദ്ദരാലിജ് ബിദ്ധരാലിൽബോധിയ റബോദിയത് ശരിക്ക് തെഹക്കേക്കാക്കാൻ വേണ്ടി അറിയിച്ചു കൊടുക്കുക ഞാനൊരു അബുദ അബുദിച്ച പണി എന്ന് പറഞ്ഞാൽ യജമാനത്തെ രണ്ടെല്ലാം തന്നോളും കൂടുതലൊന്നും ആവശ്യപ്പെട്ടില്ല നമ്മൾ എടുക്കേണ്ടി നമ്മൾ തോടുക റബിന് ആവശ്യമായ വതായിഫെന്താണോ അതുകൊണ്ട് ശരി കൃത്യമായി നിലനിൽക്കലുകൊണ്ടു വെ ഡ്യൂട്ടി നാളെ വലീഫെന്ന് പറഞ്ഞ ഡ്യൂട്ടിയാന്ന് അല്ലെ ഇതാണ് മത്തലഭേദോ ബോധിയാണ് നമ്മളെ കൊള്ള ചേർത്തിനെന്താക്കിന് എന്തെല്ലാ വതായിഫോ അത് ശരിക്കും ഡ്യൂട്ടി കാജിലായിക്കൂടാം ല്ല നിർച്ചയ്ക്കുന്നില്ല നേർച്ച ഈ റാദീബ് ചെല്ലാൻ അയാൾ നേർച്ചാക്കി പോയത് കൊണ്ട് അയാളെത്തി അയാളെ കയറ്റി സരാമത്താക്കടി നമ്മൾ അവരോട് ചിന്തിച്ച് എന്താ റാദീബ് എല്ലാം നിർശ്ചയിക്കൊള്ളുന്നുണ്ടെക്കാൾക്ക് വിസലിത്താതെ മറ്റെങ്കിലും നിർച്ചേക്കില്ല ഇപ്പാ അപ്പൊ നിർച്ചാക്ക ആക്കാൻ പറ്റുന്ന ആക്കിയെ നിശ്ചയൂ ഗുണീതീപെട്ടിയെ നിർച്ചാക്കുന്നതാണ് ഇന്ന ഒരാൾക്ക് തുമ്മാനേയും ഗുണീതീപെട്ടിയും നിർത്തിക്കൊടുക്കോ ಸಂದೇ ಟುಡರ್ಡ್ ತಿನ್ನ ಅಲ್ಲಾಹು ಅಅಲಾನ ಇನಿ ವೈದಾ ತಕಾಲಮ ತಕಾಮಲತು ಫಿ ಶೈಖಿ ಹಾದಿಲ್ ಖಿಸಾದಿ ಪರಿಯಪಟ್ಟ காரನೆಲ್ಲಾ ஒரு ஷೈಖನ್ನ ನಿರ್ವಿಚೂಡಿ ಕಣ್ಯал ಸಹ ಅಯೆ ಕಿಸದ ರಿಜಾಲ್ நல்ல நல்ல ರಿಜಾಲುಗಳು ಅಂತಕ ಮಯಾರ್ ಲಕ್ಷ್ಯಂ വെಚ್ಚಿ ಕೊಂಡ ವರಾರ ಪೆಟ್ಟಿಯಾ ಯೋಗ್ಯದಿ ಎಂದಿ ಅಂದಿ ಸೀಪಾ ಮಾತಿಯಿ ಈ ರಿಜಾಲಿಂದಂದಲ್ಲೋ ದೋಗು ಮಿರಲ್ ದಿಲ್ಲಾಲಿ عندما راكتمه ووبرته وغان يرمالكم اذا كما ابان ذلك بقوله فإذا ما تحل تحسيد يما ما هو سقيم والعادلين فكان يبريه من اللمى وتاهت القلب يعود راضي فإذا ما تحل تحسيد هذيك المقدمه هذه وبرت وتوثيقا ربنا ذا ഉയരാക്കാമില്ല അതും പറ പയ്യപ്പെട്ടാണല്ലോ ചെക്കമിൽ മാത്തിന് പറഞ്ഞോണ്ട് തീർന്നപ്പാർത്ഥം മത്തിലിലേക്ക് എന്താക്കീട് നിങ്ങനെ കണക്ഷൻ കൊടുക്കാൻ പ്രത്യേകിക്കാറില്ല ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ മാതും ഈ തഹസീലെല്ലാം അയാള് സഹിയായി വന്ന വരുന്ന അവസരത്തിൽ സഖീമും അരീലും അയാൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നു സഖീം എന്ന് പറഞ്ഞാൽ നിത്യരോഗിയും അരിന്ന് പറഞ്ഞാൽ മറ്റേ രോഗം കടുപ്പായക്കുന്നറിയാം സഖീം എന്ന് പറഞ്ഞാൽ കുറച്ച് രോഗം ചെറിയ രോഗിയും വലിയ രോഗിയും ക്രോണിക്കോ എക്യൂട്ടോ സക്കീമാകുന്ന ക്യൂട്ട് ചെറിയ ചെറിയ രോഗങ്ങൾ അരിയിലാകുന്ന അവസ്ഥ നിത്യരോഗി ആരെല്ലാം അദ്ദേഹത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയാണ് നമുക്ക് ഈ നാലും ഫുലാനും പിന്നെ ഫുലാനി പേപ്പറു പോകാനും അറിയാം അപ്പോൾ അവിടെ എന്താണ് സക്കാന യഹൂബിലഹീം അവരെല്ലാം ശിഫ കൊടുക്കുന്നതായി ഇന്നെം നംറാദ എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫ കൊടുക്കുന്നതായി മാറി അപ്പോൾ വസാഖിത്തുൽ കംബീ കൽബ് സുഖത്തിലായി കൊണ്ട് പോയ വ്യക്തി എന്താകും യർറൂദു റാമിയൻ ദി റിമ എന്നാണച്ചോടങ്ങി അല്ലാഹുവിന്റെ തവഹത്തിനെ തൊട്ടല്ലാണ് കൽപിരി സുഖത്തിലവ വ്യക്തിയെല്ലാം നല്ല ദിനിയോട് കൂടിണ്ടാവും തിരിച്ചുവരും വയൽ കൻബനാട്ടിക്കളജി സ്വസ്ഥൽക്കൽബം ആക്കി ലിളൽ കൽബായിക്കി മറിച്ചു അപ്പൊ കുഞ്ഞാലെ അലച്ചുപിടിച്ച ആളെന്താക്കി സാഹിദാക്കി മറിച്ചു ദോശയായ ആളെന്താക്കി സാഹിബായിക്ക് മറിച്ചി ഇപ്പൊ മഴ ദോശമായിരുന്നു അറീലു എന്ന് പറയുന്ന പൂർണ്ണമായ രീതിയിലും കമാല രീതിയിലും കാര്യങ്ങളെല്ലാം ഒത്തുകൂടൽ ഏതാണ് തമാനാവലാണ് ഓരോന്ന് സമ്പൂർണ്ണമാവരാണ് കമാൽ ഒരു സാധനം വേണ്ടുന്ന നൂറ് സാധനം പറയും നൂറോ ഉണ്ടാവരാണ് ഏത് തമാ നിലവീ അത് അതിൽപ്പെട്ട ഓരോന്നും പൂർണ്ണമായി തീരലാണ് കമാൽ സഖിം സഖീം എന്ന് പറഞ്ഞാലും അപ്പമറന്നു ചെറിയ ചെറിയ രോഗം സഖിം അലീൽ ഇല്ലത്ത് കുറച്ച് കടപ്പം കൂടിയാലും അലീൽ വക്കീൽ അഹമ്മറും രണ്ടു വരെയും അത്ത പദ്യാനായി സഖിം അരി വരെയും വായനാക്കി രോഗികളായ ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ പോകുന്നു ഫക്കാന ഫുദ്ദനമതവരി ഫക്കാന യുബരീഹി മിൻ അംബാബിൽ ഖുലൂബി മിനൽ അംറാദു കൊണ്ട് ഉദ്ദേശം അംറാദുൽ ഖുലൂബാണ് അപ്പോൾ ഇതിലമണ്ടായി മുലാഫിലേ ഇട്ടേട്ട് બદലൈ അംബാബിൽ ഖുലൂബ് അൽ ഖുലൂബി എന്ന് പറഞ്ഞിട്ട് അംറാളാകി വആലമുഹാ അംറാദുൽ ഖുലൂബിൽ നിൻ ഏറ്റവും കടുപ്പമേനതുൽ കൽബിയാണെന്നറിയോ ഹം മുർസിഖി റസ്ഖിനെ ഒറ്റ ലൈഫോണില് വെരി ദീസൻ ദൈഫോം പറയില്ല എന്നാ ജീയ്ക്കോ നിസുക്കിന്റെ കാര്യത്തിലുണ്ടാകുന്ന അമ്മ അത് മറുപടക്കുറുദ്ധ ഞാനങ്ങനെ ജീവിക്കൂ ജീവിതം കഴിയണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ജീവിച്ചു പോകാം അപ്പൊ അത് കിട്ടുന്നവരെ ജീവിച്ചിട്ടില്ല അവിടുന്ന് പോസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അങ്ങ് ജീവിച്ചങ്ങ് പോവാം ഇവിടെ ഒന്നും ജീവിച്ചൊന്ന് ജീവിതമില്ല ഇവിടെ നിങ്ങൾ ജീവിതം അതേപോലെ ഹൗസ്ഫുൾ ആൾക്ക് പണപ്പാടപ്പുറടി ഓറെ നമ്മൾ രോഗിങ് കുറഞ്ഞു പോകുമോ ഏ ഓരോ ആനുകൂല്യം കിട്ടാണ്ടിപ്പോ നെല്ലും കൂടോ ഹൽക്കിനെ പറ്റിയുള്ള പേടി ഇതാണ് ഏത് അമ്മ ദിവസക്കും ഹൗഫുൽ ഹൽക്കും ആണ് കടുപ്പമായ മുറുകൽ കല്ലു സുമ രണ്ടാമത്തേത് അതീറും സ്വന്തം കാര്യത്തേക്ക് തദീറും ഇഷ്ടത്തിയാറും അരിഹൻ എഫ് അനി തതിബീറിനല്ലേ നിന്നിന്റെ തദീറിനെ തൊട്ടല്ല മൂന്നാമത്താരം വേണ്ടതുപോലെ ചെയ്തോട്ടേ നോക്കണം അതൊക്കെ തദിനീര് ഒഴിവാക്കാൻ പാടില്ല പങ്ക് വാങ്ങിയിട്ടുണ്ട് നിഗരിക്കേണ്ട കാലത്ത് അല്ലവണേ നിക്കരിപ്പിച്ചോട്ടേന്ന് പറയാമോന്നല്ല പറഞ്ഞത് അപ്പൊ മതഹ തമ്മോ വരാത്ത കാര്യത്തിലാണ് തദമി എന്ന കൃത്യവിവാഹത്തെന്ന് പറഞ്ഞത് മതഹം എന്ന കാര്യത്ത് ചെയ്യണം എന്ന് തതിബേർ പോകണം തമ്മു വന്ന കാര്യത്തിൽ തർക്കു പോകണം എന്നുള്ളത് തതിബീര് വേണം അതൊക്കെ ഹിക്കമിൽ പറഞ്ഞുപോയി അല്ല ഹിക്കമാനിച്ച് അല്ലെങ്കിൽ തോന്നില്ല അതിന് നമ്മളുടെ ഒപ്പി ഇങ്ങനെ നിക്കൂ ദൈദ്യം തന്നെ ഉണ്ടില്ലേ സ്വൽ ബസീറത്ത് എന്ന് പറഞ്ഞു തോന്നിയത് ഫൈദാബ് അയിനു ആ അയിനു ബസീറത്താണ് ബസീറത്തിന്റെ കണ്ണെന്നല്ല ഞാൻ അർത്ഥം അല്ലേ രണ്ടാം അർത്തബിയാണ് പിന്നെ റസബു പിന്നെ മൂന്നാം ഘട്ടത്തിലാണ് ഇതുള്ളത് അരകണത്താണവടിയാണ് റദബ് മനത് ഇപ്പോൾ ഇന്ത് നസൂർ അഹുബിന്റെ ചില കമാല കഥലുകൾ ഇറങ്ങി സംഭവിക്കുന്ന അവസരത്തിന് നിരാക്ക തോന്നാൽ അതിനോട് വെറുപ്പും ദുഷ്യം തോന്നാം അപ്പൊ ഇതിനൊക്കെ ഹിമ്മത്ത് കൊണ്ടും നൂറുൽ ബസീതത്ത് കൊണ്ട് ഇതിനൊക്കെ ജയിൽ നടക്കണം അതിനൊക്കെ തരുലനത്തിടയ്ക്ക് മുലാഹീനം നോട്ടം കൊണ്ടു ഹുഹോൻ അങ്ങനെ യക്കീലിനെ നോട് കൊണ്ടും മുരീദിന്റെ കൺപങ്ങ് നിറയട്ടെ فَيَتَّقِ رَنِي بِاللَّهِ عَنْ كُلِّ مَا قِوَ وَأَبَ اللهُ وَلَا دَلَّتِ نَتُوتُمَ أَوَرَا يِ رَنِي يَاي مَوْرُدَا اللهُ إِنَّهُ كُنْد رَنِي يَاي እንدِ اللهُ وَتُشِيكُ عَلَيَّ عليه. عليه. أَنْوَارُ التَّوْحِيدِ أَبَ التَّوْحِيدِ إِنَّ أَنْوَارُ أَوَرِ لِدا بَغَاشِكَان تَرْنُونُ فَيَتَّقِ دِينِكَ تَتْدِيرُ وَلِيَخْيَا أَبَ تْدِيرُ يَخْيَا رَنْدَ اللَّهُ كَدُقَلَتُوتُمُ اللَّا شِرتِنَ تُوتُمُ يَا كَرَاحَتُ گِتُمُ ഞാൻ ജീവിക്കാൻ എന്താ വേണ്ടി കച്ചവടമാകാൻ വേണ്ടി വണ്ടി വാങ്ങിയ വേണ്ടി ഓടേ വേണ്ടി ചാടേ വേണ്ടി ഉറങ്ങിയ വേണ്ടി എന്താ ചെയ്യേണ്ടി ഈ തടിവീരാത്തല്ല അന്നാ എങ്ങനെ ജീവിക്കുന്നുണ്ട് ആ അവസരത്തിലാണ് ഈ മാൻറെ മാധുര്യമോ ആസ്വദിക്കാൻ ദൗഹ്യാജി മാറുന്നത് എല്ലാ ആരിലും എല്ലാ അവസരങ്ങളിലും അമ്മ തോട്ടവൻ ചിലർ ഉണ്ടാകുന്നതും ഇസ്ലാം അതീന്ന് പൊരുത്തപ്പെട്ടു മുഹമ്മദ് പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ അവരാരാണ് ഈ മാന തമ്മിൽ ആസ്വദിച്ചു വ്യക്തിയാകുന്നു ഇതിനടുത്താണ് ഈ അതീന അടിസ്ഥാനം പറിച്ചിട്ടാണല്ലോ മൂന്ന് കിട്ടാറുണ്ടൊക്കെ സയ്യിദ് ഹാദീത് ഒന്നോത്താവിന്റെ പേര് അള്ള മറ്റൊത്താവിന്റെ പേര് അറസ്സോൻ മറ്റൊത്താവിന്റെ പേര് അൽ ഇസ്ല ഇതെന്താക്കണം അല്ല മാത്രം സമ്പാദിച്ച മതി എന്ന് മനസ്സിന് സമ്പദ്ധമായിട്ട് കൊറ്റപ്പെട്ടവരാണ് അള്ളാരാണെന്ന് വെച്ചിട്ട് ആദ്യം ഓണവബ്ബാൻ കൊണവില്ലെന്ന് അത് മനസ്സിലാക്കി തരാം ദീനായിട്ട് ഇസ്ലാം അല്ലാത്ത വേറെ അവർ ചടങ്ങും പാട്ട ഒരു ആചാരവും ഇസ്ലാം സമ്പൂർണമാണെന്ന് വെച്ചാണെങ്കിൽ ഇസ്ലാമിന്റെ എല്ലാം ആചരിക്കണം മുഹമ്മദ് സഹ അലീന്ദ്ര നേതാവ് അംഗീകരിക്കണമെങ്കിൽ വേറെ നേതാവ് രണ്ടാമത് പണ്ടല്ലോ മൂന്ന് കിതാബാറൽ പറയുന്നു തൻവീർ ആരാ പറഞ്ഞത് ബിനേതല്ല നേതാക്കളെ ഈ താബ തൻവീർ റബ്ബൻ അപ്പൊ ഈ അജീസിനെടുത്ത് വെച്ചുകൊണ്ട് പറയുന്നു റബ്ബാന് റബ്ബായിക്കൊണ്ടൊരാളെ കൊണ്ട് പൊരുത്തപ്പെട്ട ഈ എന്തിനും അന്നാക്കി എഴുതി പോയി അതെല്ലാം ചെയ്യുന്നു ഇസ്ലാമിന് അമി അതുകൊണ്ടായിരിക്കും അതെല്ലാം സമ്പൂർണമായില്ലേ അപ്പൊ ആരൊക്കെ പറഞ്ഞു അപ്പുറം പറഞ്ഞത് തന്നീർ പന്താന്ന് തോന്നിയേക്കണ്ട തന്നീർ പന്തി തോന്നുന്നു قلب الحليل آي ماريال رغم بلسل آي ماريال لا, لا, لا يدرق حلابت, إيمان لا حلابت لا لا لأ اللي إيمان إيمان لحلابت عصد كنا برستمع إلا ولا يجذر إفعات ولا للمنازعات لذلتا الله نتعاتنا ومنازعاتنا ويهاج الرجيم قبطة نظر الله مجرطة ففو التسيمي رغم بعض الشور مريسا لباعي وعن الله لا يجذر إتعام ولا لسلام لذلتا വെള്ളം വെള്ളം കുടിച്ചാലാ ഭക്ഷണം കഴിച്ചാൽ രുചി തോന്നാൻ എടുക്കുന്നില്ലേ രോഗം വായി രോഗം കുടിച്ച പെനിയെല്ലാം വന്നിട്ടാന്നില്ല ഇപ്പൊ വായിക്കു രുചി ഇല്ലാന്നല്ലേ പറയുന്നത് അതാവസ്ഥയാണ് പറഞ്ഞ മറീന്നല്ലാണ്ട സരിഹൈ മറീന്നു കാബിലേ മറീന്നല്ലാണ്ടായി സരിഹായി വന്നാൽ ആ കാലാവത്ത് ഇരിക്കുന്ന ആളായിരുന്നതിനെ ഒപ്പത്തി ومن اركانه الايمان ان ركن ابتدانا ان يما بالقدر القدرbundle இமான திராந்த ரக்கனா ஆறாவது ரக்கனா خيره وشرره يلو به ومدهنا خيره எலதி சறாயா யி சரி மதிர்குனாயி சரி கைப்பொலாயா யி சரி الله வந்து வந்துட்டபொழுது அப்ப பயத்த எதி அவனம் தாக்கும் எல்லாம் மதிரமுள்ளതായി தோணும் மாய பர்கு பின் அன்சுருல் குதரத்தி الله வந்து குதரத்தின் கேந்திரத்தில் நின்னு நினைக்கிறது பரகரம் ஆகும் எல்லாம் மதிருள்ள നാബുബിന്റെ വെക്കുന്ന ബന്ധന കയ്പന്തായാലും ഒരാക്കട്ടല്ലാക്കെട്ടോന്ന് അംഗീകരിച്ചിട്ടില്ലേ അയാൾ പിന്നെ ഈ തൂശി വെക്കുമ്പോൾ വേദന അയാളെ അവൾക്ക് പ്രതികാരം തോന്നുന്നു അയാളെ കുത്തി വേദനിപ്പിച്ച ആർക്കും പ്രതികാരം തോന്നുന്നില്ലല്ലോ ആ കുത്തട ഒരു തുശിയല്ലേ അടിക്കും ഒന്ന് നീന്തല്ല അയാളെ ഡോക്ടറേക്ക് അംഗീകരിച്ചു കൊണ്ടാണല്ലോ അയാൾ ചെയ്യുന്നത് ശിഷ്യാണെന്നാൽ ಮದು ಕೊಲ್ಲಾದಿ ಇದು ಕೈಮಾ ಇದು ಕುಲ್ಲಾದಿಕಾ ಮಿನಿನ್ದಿನ್ ನಬೀನು ಫುರು ಮಾಲಾದಿ ತಿ ಮುರಾಯಾನ್ ಶರೀಬಿರನ್ದೆ ಹಬೀಬಿನ್ ನಕ್ಕಂದಲ್ಲೇ ಇರುನು ವರಲ್ಲಾಹ ಗರ್ಲ್ಕಾಯಿ ಹೈತ್ ಕಾನೋ ಬದ್ದಿಕಾರಂ ಬರ್ತುತ್ತೆ ಇದಾಕಾ ಇದಾಕಾನ್ ತಿಲ್ ಅಖಬಾರು ಮಿನಲ್ಲದು ಆ ಅಂತನೇ ಬರ್ತಾರೆ ಇಸ್ಲಾಮ ಐಲ್ಲಲ್ಲ ಆ ಬಾಣೋ ಅರೇ ವೈತಕೂಲಾ ಇದಾಕಾನ್ ತಲಬದುದಾ ಒಲ್ತೋ ಇದಾಕಾನ್ ತಿಲ್ ಅಖಬರ ಲಅನ್ಹು ಮಅನ್ದಿ ಸರಾಹಾ ربّي نشرحن قان اذا كانت اللقدارو وينا ما يوجد النون اذا كانت اللقدارو من مالك الملك فسنجار عنده ما يسر وما يبكين دیکھ ميل كنت لدي اذا كانت اللقدارو ابدا نرندق ونبذيك اننا قدرقال آنجل مالك الملك جاء الله عنه وقل نناعجل ابدا نعلم بلد എന്നാൽ പത്തിയാലിന്റെ എന്റെ അടുക്കൽ സമമാണ് സന്തോഷിപ്പിക്കുന്ന കഥറായാലും ശരി മായുക്കി കരയിക്കുന്ന കഥറായാലും ശരി എനിക്ക് സമം തന്നെ എന്നൊന്നാണ് ആ ശരിയാണോ ഞാൻ പൊരുത്തപ്പെട്ടു ഇലഹായ അമ്മാഹു സുബാന വിരിക്കുന്ന ഒന്നെന്താണ് അതുകൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു അമ്രുഹോ അതുകൊണ്ട് അമ്മാഹുന്റെ അമ്രാകുന്നത് യുഗാബനു അതിനേട് അഭിമുഖീകരിക്കണം ബില്ല്ക്കമാർ നല്ല ഇക്കമാലോട് കൂടി നല്ലത് അത് വേണ്ട ബില്ലെന്ന് പറയുന്നില്ല വേണ്ടത് ഇക്കമാലോട് കൂടി അതിനെ മുന്നോടിയാണ് വേണ്ടത് ആരടുക്കൽ ഇന്ദവിന്റെ ഇമാനത്തുകാരൻ്റെ അടുക്കൽ ദുസ്കിന്റെ അടുക്കൽ ആരോടെടുക്കൽ എങ്ങനെയാ വേണ്ടത് വൈൻ സരിയൽ നിസാര മനുഷ്യനെ ഉരുക്കിക്കളഞ്ഞുണ്ട് മശക്കത്തിൻ മശക്കത്താകുന്ന തീയ്യൊരു മനുഷ്യൻ എന്താക്കി ഉരുക്കളഞ്ഞാൽ ഒടിക്കൊന്നും വേണ്ട അതിന്റെ ജവാബ് മഹാബോപ്പാണ് നീ ഓടിക്കൊന്നും വേണ്ട കാരണം പൊന്നൊരാരണമാക്കി മാറ്റണം എന്നൊരുക്കാണ്ടല്ലോ തീരെ വച്ചിട്ടുരുക്കിറ്റല്ലേ പൊന്നാക്കലേ അപ്പൊ അമർ റഹബു ഹാരിത്തായ സ്വർമ്മമല്ലോ ഇല്ലാസ്തബുക്കി തീരൊച്ചു ഡിഗല്ല അദ്ദേഹം തീർന്നതല്ലേ എന്ന് പറഞ്ഞ മാതിരി അമ്മ ഒരുക്കുന്നതാണ് اقص صبر لا يحسبوا رمى انما يهنئون في حالين من غير ما شكي صبر እንደ உரிமையார் மனுஷன் لا يحతా ஒரு காரியம் બોடிக்கட்டilla whenma yuhannu fil halayn min ghayri ma shakki صبر እንደ உரிமையார் மனுஷன் لا يحతా ஒரு காரியம் બોடிக்கட்டilla whenma yuhannu fil halayn andavathelum avan thap santoshipikapudunatha min ghayri shakkin harma ghayril min ghayri ma shakkin oru samshyam venda രണ്ട് ഹാരിലും സഫാരി നഫാഗും സന്തോഷം തന്നെയും ഇനി പറഞ്ഞ ഹാരിപ്പിച്ച റാവീ വരുമ്പോട്ട് ദോഷം ഉടനെ നാളെ ഈ ദോഷം ചെയ്യാന്ന് തോന്നിയെന്ന് അതെ റബി നല്ല അത് പണല്ലോ അതായത് എനിക്ക് ഇപ്പോഴെന്ന് കേട്ടോണ്ടാക്കാം ഉടനെ തോബ ചെയ്യാ നിൽക്കാനോ ഉടനെ കളകുട്ടിയും ചെയ്യാം അങ്ങനെ എനിക്ക് വിഹാരമാർഗം അത് ലിലാന്റെ എല്ലാ ഭാബവും വെക്കാത്തോണ്ടാണ് അയുഷ്കാരം പിന്നെ അതിനേക്കണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ബാബുണ്ട് അവിടെ ഏ ആ നാലാം ചതിയിലി അതങ്ങ് ചോദി ഈ ചാനലെല്ലാം അയുഷ്കാരം وصاحت القلب يعود راضين على راضين لله يعود لله لوডা يعود راضين उडे مصنفي പറഞ്ഞല്ലോ صاحت القلب يعود راضين എന്നല്ലേ ഹാദാ ഇദ് അലമത്തു ശിഫാ ഇഫാ നലമത കൽബിനെന്തെന്നെ സ്വപ്തണ്ടല്ല അതെങ്ങനെ കട മാരി വന്നു കൽബിനെ തന്നെ ഇംഗ്ലാവ് വന്നിട്ടുണ്ട് ഇപ്പൊ ഹദാ പക്കാനെ മെരി ഇമിനല്ല റദീന കൽബിറായദ ൃത്തിൽ കൽ ബാധിച്ചാണോ പോയതെന്ന് റാവിയാച്ചു തുടങ്ങിയിരുന്നു സമാധാന